ഹരി എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ ഋഷികേശനായിട്ടുള്ള ഭഗവാൻ പാഞ്ചജന്യം എന്ന ശങ്കനെ മുഴക്കി അനന്തരം അർജുനൻ പിന്നീട് യുധിഷ്ഠിരൻ ഭീമൻ നകുലൻ സഹദേവൻ തുടങ്ങി പാണ്ഡവപക്ഷത്ത് ആദ്യം യുദ്ധത്തിന്റെ കാഹളം യുദ്ധത്തിനുള്ള ഒരുക്കം സൂചന കിട്ടിയത് ഭീഷണിയിൽ നിന്നാണെന്ന് പറയുക പിന്നീട് ഭഗവാൻ അതിനെ ഏറ്റെടുക്കുന്നു അനന്തരം അർജുനൻ ഇങ്ങനെ തുടങ്ങി പാണ്ഡവന്മാരാരൊക്കെയാണ് ഓരോരോ വെവ്വേറെ ശംഖകളെ പ്രത്യേകം പ്രത്യേകം മുഴക്കി തുടർന്ന് ആ ശംഖധ്വനി ദാർദ്ധരാഷ്ട്രന്മാരുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ട് ഭൂമിയെയും ആകാശത്തെയും കിടിലം കൊള്ളിച്ചുകൊണ്ട് അതവിടെ നിലനിന്നു എന്ന് സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയത് നഭശിച്ച പൃഥ്വിയും ചെയ്യുക തുമുലോ വെനുനാഥയൻ എങ്ങനെയാണോ ഏകാഗ്രമായ മനസ്സിൽ അന്ധകരണത്തിന്റെ ശുദ്ധിയിൽ വാക്കുകൾക്ക് മറ്റൊരുവനെ സാന്ത്വനിപ്പിക്കാനും മറ്റൊരുവനിലെ അജ്ഞാനജന്യങ്ങളായിട്ടുള്ള വികാരങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനും സാധിക്കുന്നത് പിന്നീട് ദേശകാലങ്ങളെ അതിജീവിച്ചുകൊണ്ടത് എങ്ങനെ നിലനിൽക്കുന്നു എന്നൊക്കെ നാം ഇന്നലെ വിസ്തരിച്ച് കാണുകയുണ്ടായി തുടർന്ന് പാണ്ഡവ സൈന്യം അണിനിരക്ക് കൗരവ സൈന്യം അണിനിരക്കുന്നത് കണ്ടിട്ട് യുദ്ധത്തിനുള്ള സമയമായി എന്ന് കരുതി കവിധ്വജനായിട്ടുള്ള അർജുനൻ ധനുസിനെ എടുത്ത് ഉയർത്തിയിട്ട് പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുഹു ഉദ്യമ്യ പാണ്ഡവാഹ ധനുസിനെ എടുത്ത് ഉയർത്തി ആ അസ്ത്ര പ്രയോഗിക്കാനുള്ള സമയമായി എന്ന് കണ്ടിട്ട് ഇവിടെ നമ്മൾ ഇന്നലെ കണ്ട് ഒരു ഈ ശ്ലോകത്തിലെ ശ്രദ്ധേയമായ വ്യാസ ഭഗവാന്റെ പരാമർശം കവി ധ്വജ എന്നുള്ളതാണ് കവി കൊടിയടയാളമായിട്ടുള്ള കപി മനസ്സിന്റെ പ്രതീകമായിട്ട് ഭാരതീയ ആചാര്യന്മാര് കാണുന്നു കമ്പതെ ഇതി കവി ഇളകുന്നത് മനസ്സിനെ ആചാര്യൻ നിർവചിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ചഞ്ചലാത്മിക മനഹ മനസ്സിൻ്റെ നിർവചനമാണ് ചഞ്ചലാത്മിക മനഹ ആ മനസ്സാണ് ബുദ്ധിയായി പരിണമിക്കുന്നത് എപ്പോ നിശ്ചയാത്മിക ബുദ്ധിഹീ അപ്പൊ ചഞ്ചല ചാഞ്ചല്യത്തോടുകൂടിയത് കുരങ്ങന്റെ സ്വഭാവ സ്വഭാവമാണ് നിശ്ചയാത്മികയായി മാറുമ്പോഴോ അത് ഹനുമാനാവുമെന്ന് പറയ അപ്പൊ ഒരു വാനരനിൽ നിന്ന് ഹനുമാനിലേക്കുള്ള പരിണാമം അതിനെന്ത് വേണം നിശ്ചയദാർഢ്യം വേണം എന്ന് പറയാം അപ്പൊ ഹനുമാനാണ് കൊടിയടയാളമായി ഇരിക്കുന്നത് അതിലൊരു കഥയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാല്ലേ ഹനുമാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് പരമമായ സത്യത്തെ ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പൊ ഗുഹയെ പോയി ഇരുന്നിട്ട് നാമം ജപിച്ചോളം പറയുന്നുണ്ട് അല്ലേ ഞാൻ കൃഷ്ണാവതാര കാലത്ത് വരും മഹാഭാരത യുദ്ധം എന്നൊരു യുദ്ധം ഉണ്ടാവും ആ യുദ്ധഭൂമിയിൽ ഞാൻ അർജുനന് പരമമായ ജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുക്കുന്നതായിരിക്കും ആ സമയത്ത് നിനക്കത് കേൾക്കാം എന്നൊക്കെ പുരാണത്തിൽ കാണാം അപ്പൊ കൊടിയിലായിരിക്കും നിനക്ക് സ്ഥാനം എന്നാണ് അപ്പൊ ഭഗവത്ഗീത മൂന്ന് പ്രകാരത്തിൽ ഉപദേശിച്ചു എന്ന് പറയാറുണ്ട് ജ്ഞാനപ്രധാനം ഭക്തിപ്രധാനം കർമ്മപ്രധാനം ജ്ഞാനപ്രധാനമായിട്ട് ഉപദേശിക്കുന്നത് മുകളിൽ ഹനുമാനിയിരിക്കുന്നത് കൊണ്ടാണ് അത്ര ഭഗവാൻ കർമ്മത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അർജുനനും ഭക്തി കുറച്ചെങ്കിലും ധൃതരാഷ്ട്രർക്ക് സഞ്ജയനിലൂടെ ഭക്തി ഉണ്ടാവട്ടെ എന്ന് കരുതി അങ്ങനെ ഭക്തി പ്രധാനമായിട്ടും എന്നൊക്കെ ഓരോ ആചാര്യന്മാർ ഗീതയെ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട് ഏതായാലും ഇവിടെ അർജുനന്റെ മനസ്സിന്റെ ചാഞ്ചല്യത്തെയാണ് അല്ലെങ്കിൽ ഇളകാമ്പോ ആ ഇളക്കമുള്ള മനസ്സ് ആ ഇളക്കമുള്ള മനസ്സോടുകൂടിയിട്ടാണ് ഇതാ അർജുനൻ ഇവിടെ അർജുനനെ വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നത് അപ്പൊ കവിധ്വജൻ എന്ന് പറയുമ്പോ അങ്ങനെ മനസ്സിലാക്കുക എന്തുകൊണ്ടെന്നാൽ കവി എന്നാൽ കൊരങ്ങൻ കൊരങ്ങിന്റെ ലക്ഷണം ഇളക്കമാണ് മനസ്സിന്റെ ലക്ഷണവും ആചാര്യൻ ചഞ്ചലാത്മിക മനഹ എന്ന് നിർവചിച്ചിരിക്കുന്നു നിശ്ചയാത്മിക ബുദ്ധി അപ്പൊ ഈ ചാഞ്ചല്യമാർന്ന വ്യക്തിത്വത്തെ നിശ്ചയദാർഢ്യമാക്കി തീർക്കുക എന്നത് തന്നെയാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം കാരണം അതുകൊണ്ടാണ് അവസാന ഭാഗത്ത് അർജുനൻ ഭഗവാനോട് പറയുന്നത് ഭഗവാൻ എനിക്ക് സംശയമൊന്നുമില്ല എന്റെ സംശയം പൂർണ്ണമായി ദൂരീകരിക്കപ്പെട്ട് കഴിഞ്ഞു അങ്ങ് എന്താണോ പറയുന്നത് അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് അർജുനൻ ഭഗവാനോട് അവസാനം പറയുന്നുണ്ട് അത് ബുദ്ധിയുടെ തലത്തിലാണെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് അർജുനൻ ഭഗവാനോട് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് അടുത്തത് നോക്കാം ഋഷി കേശം താക്യം ഇതമാഹമീപ അർജുന ഉവാച സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്ചുത അർജുൻ അത്രയും പറഞ്ഞല്ലോ ഹൃഷികേശം കഥാവാക്യം ഇതം ആഹ മഹീപഥ അതായത് ഇരുപതും ഇരുപത്തൊന്നും ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് ഹേ മഹീപഥ വീണ്ടും ധൃതരാഷ്ട്ര മഹാരാജാവിനെ സഞ്ജയൻ സംബോധന ചെയ്യുന്നു അല്ലയോ ഭൂമിയുടെ മുഴുവൻ പതിയായിട്ടുള്ള ധൃതരാഷ്ട്രൻ അത കവിധ്വജ അനന്തരം കവിധ്വജനായിട്ടുള്ള പാണ്ഡവ വ്യവസ്ഥിതാൻ ധാർത്തരാ ധാർത്തരാഷ്ട്രാൻ ദൃഷ്ട ധൃതരാഷ്ട്രപുത്രന്മാരെ കണ്ടിട്ട് ശസ്ത്രസമ്പാദേ പ്രവൃത്തെ ധനുഹു ഉദ്യമ്യ ശസ്ത്രസമ്പാദത്തിന് സമയമായി എന്ന് കണ്ട് ധനുസിനെ ഉയർത്തിയിട്ട് തഥാ ഋഷികേശം ഇതം വാക്യം ഉവാച ഋഷികേശനോട് അപ്പോൾ അർജുനൻ ഈ വാക്കിന് പറഞ്ഞു ആരാണ് ഋഷികേശൻ ഋഷി കാണാം ഈശ അപ്പൊ അർജുനന്റെ ചോദ്യവും ഋഷികേശനോടാണ് എന്ന് പറഞ്ഞാൽ ബോധത്തോട് തന്നെയാണ് ചോദിക്കുന്നത് എന്ന് പറയാം ബോധ നമുക്കും ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടും ഭഗവാൻ അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോകുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ നമ്മളോട് സംസാരിച്ച് തുടങ്ങണം നമ്മൾ സംസാരിക്കാൻ നമുക്ക് നമ്മളോട് സംസാരിക്കാൻ മടിയാണ് പലപ്പോഴും അതുകൊണ്ടാണ് നമുക്ക് ഒറ്റക്കിരിക്കാൻ മടി തോന്നുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നമ്മൾ എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും ഒക്കെ നോക്കിയിരിക്കുന്നതും അതുകൊണ്ടാണ് അല്ലേ ഇവിടെ തന്നെ നിങ്ങൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്താ കുറച്ചു നേരം അങ്ങനെ ഇരിക്കും ചിലപ്പോ ചിലരൊക്കെ കണ്ണടച്ച അങ്ങനെ ഇരിക്കും അതിനൊരു ഇതാണ് നമ്മൾ ഒറ്റപ്പെടുമ്പം നമ്മൾ എന്താ ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ഒറ്റ ഒറ്റക്കാവുമ്പം ഞാൻ എന്ത് ചെയ്യുന്നു ടി വി ഇല്ലെങ്കിലൊക്കെ വലിയ പ്രശ്നമാവും ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്ന് പറയും ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വെറുതെ വാച്ച് അഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു തീർച്ച വെറു നടക്കുന്നുണ്ടാവും എന്നാലും കാരണം എന്തെങ്കിലും പദാർത്ഥങ്ങളിലേക്ക് തനിക്ക് വ്യാപരിക്കണം തന്റെ ആഴങ്ങളിലേക്ക് പോകാൻ തനിക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ ചെയ്യും എന്താ സുഖം തന്നെയല്ലേ ഇല്ലേ വെറുതെ വിളിച്ചതാ എന്തൊക്കെയാ അവിടെ വിശേഷം ആരെങ്കില തന്റെ ഉള്ളില് തന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് അവിടേക്ക് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടും അതിനുള്ള തത്വവിചാരം ചെയ്യുമ്പോൾ ചോദ്യം ഋഷികേശനോടാണ് ഋഷി കാണാം ഈശ അവിടുന്ന് തന്നെയാണ് ഉത്തരം പറയുന്നത് എന്താ ചോദ്യം നോക്കാം ഇതം വാക്യം ആഹ ഈ വാക്യത്തെ പറഞ്ഞു അർജുന വാച അർജുനൻ ചോദിച്ചു ഇവിടെയാണ് അർജുനന്റെ ഒരു അര ചോദ്യം ഒന്നാം അധ്യായത്തിൽ അല്ല ഭഗവാന്റെ ഒരു അര ഉത്തരവും അല്ലെങ്കിൽ ഒരു അര ചോദ്യവും പകുതിയെ ചോദിച്ചിട്ടുള്ളൂ അർജുനൻ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി സഞ്ജയൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി അർജുനൻ എന്ന് പറഞ്ഞാൽ ഋചിത്വ ബുദ്ധിയാർന്നവൻ സ്ട്രൈറ്റ് ഫോർവേഡ് എന്ന് പറയാം നേരവാ നേരവോ ഈ ഒരു ഭാവം അവിടുന്നാണ് ചോദ്യം ഉണ്ടായത് എന്താ ചോദിക്കുന്നത് ഹേ അച്യുത ഭഗവാനും വിളിക്കുകയാണ് അല്ലയോ അച്യുത അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതി ഇല്ലാത്തവൻ എന്നാണ് ചയുത നവതി അച്യുതൻ ചുതി വീഴ്ച സംഭവിക്കാത്തത് ആർക്കാണോ അവനാണ് അച്യുതൻ അച്യുതൻ എന്നൊക്കെ പേരിടുമ്പോ നോക്കണം അച്യുതൻ എല്ലാവർക്കും പേരുണ്ടെങ്കിൽ അതും നോക്കണം ചിലപ്പോഴൊക്കെ അച്യുതനെ കാണാം അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നത് രണ്ടു പേര് വേണം എടുക്കാൻ നീ ആശ്രയിക്കുമ്പം അച്യുതനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അച്യുതന്റെ സ്വരൂപമേ ആനന്ദമാണ് അതുകൊണ്ടാണ് അച്യുത ആനന്ദൻ എന്നൊക്കെ പറയുന്നത് അപ്പം ആശ്രയിക്കുന്നവർക്കും ആനന്ദം പ്രദാനം ചെയ്യാൻ സാധിക്കണം അച്യുത മേ രഥം എന്റെ രഥത്തെ സേനയോഹോ ഉഭയോഹോ മധ്യേ സ്ഥാപയാ ൈന്യങ്ങളുടെ മധ്യത്തിലായി സ്ഥാപിച്ചാൽ ഇതിനെയാണ് രഥസ്ഥാപനം എന്ന് പറയുന്നത് ഇനിയാണ് നമുക്ക് രഥകൽപ്പന പഠിക്കേണ്ടത് ആ രഥകൽപ്പന പഠിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ കാര്യം എളുപ്പമായിരിക്കും ഭഗവത്ഗീതയെ ഉപനിഷത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് അവിടെ കടോപനിഷത്ത് മൂന്നാമത്തെ വല്ലിയിൽ മൂന്നാമത്തെ മന്ത്രം മുതൽ പതിനൊന്നാമത്തെ പതിനൊന്ന് വരെയുള്ള മന്ത്രങ്ങളാണ് ഇത് പറയണോ ആത്മാനം രചിനം വിധി സ്വാമി കഴിഞ്ഞ ദിവസം സാമാന്യമായിട്ട് പറഞ്ഞുപോയി ഇന്നിത് പഠിക്കണം പഠിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വയ്ക്കണം ആത്മൻ ശബ്ദത്തിന് അനേക അർത്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇവിടെ ആത്മൻ ശബ്ദത്തിന് ബോധം അല്ലെങ്കിൽ നമു നമ്മുടെയൊക്കെ സ്വരൂപമായിട്ടിരിക്കുന്ന ആ ചൈതന്യവത്തായ ശക്തിവിശേഷം എന്ന് മനസ്സിലാക്കുക രഥിനം വിധി എന്ന് പറഞ്ഞാൽ രതി ഇതിന്റെ ഉടമ ആരുടേതാണ് ഈ രഥം എന്ന് ചോദിച്ചാൽ ഇത് അർജുനൻ്റേതാണ് അല്ലെ അർജുനനാണ് ഇതിന്റെ ഉടമസ്ഥ അതുപോലെ നമ്മുടെ രഥത്തിന്റെ ഉടമ അതായത് ഈ ശരീരമാകുന്ന രഥത്തിന്റെ ഉടമ ആര് ഇതിന്റെ ഉടമസ്ഥതാവകാശം ആർക്കാണ് അന്വേഷിക്കണം എല്ലാം എഴുതി വയ്ക്കുമ്പോ ഇതാർക്കാണ് എഴുതി വെച്ചത് അപ്പൊ ആത്മാനം രഥിനം വിദ്യ ഒന്നാമത്തത് ശരീരം രഥമേവത്വം സ്വാമി ഇന്നലെ പറഞ്ഞു നമ്മുടെ ഫോട്ടോ ആണ് ഈ കാണുന്നത് നമ്മുടെ ഫോട്ടോ ശരീരം രഥമേവതു ശരീരത്തെ തന്നെയാണ് രഥം ആയി പറയുന്നത് മൊത്തം ശരീരം ഇനി ശരീരത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് ബുദ്ധിം തു സാരഥി വിധയും ബുദ്ധിയെ സാരഥിയായി അറിഞ്ഞാലും ബുദ്ധി എന്ന് പറഞ്ഞ ഡ്രൈവർ ഇവിടെ ആത്മസ്ഥാനീയനായിട്ട് അർജുനനാണ് നിലകൊള്ളുന്നത് കാരണം അർജുനനാണ് രഥത്തിന്റെ ഉടമ എന്നുള്ളതുകൊണ്ട് ബുദ്ധിസ്ഥാനീയനായിട്ട് കൃഷ്ണനാണ് അർജുനന്റെ രഥം അർജുനൻ ഭഗവാനെ ഏൽപ്പിച്ചു ഇതാണ് അർജുനൻ ചെയ്ത മഹതായ കർത്തവ്യം നമ്മുടെ രഥം നമ്മളിങ്ങനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ഏൽപ്പിച്ചിട്ടുള്ളവര് ഭാഗ്യവാന്മാര് ആത്മാനം രഥിനം വിധി ശരീരം രഥമേവ തു ബുദ്ധിം തു സാരഥിയും വിദ്ധിയും ഇതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് ആത്മാവിനെയും ബുദ്ധിയെയും മന പ്രഗ്രഹമേവ മനസ്സാണ് കടിഞ്ഞാൺ കടിഞ്ഞാണുകൾ കുതിരയിൽ നിന്ന് പോയിരിക്കുന്ന കയറുകൾ അതെന്താണ് മന മനസ്സ് പ്രഗ്രഹം കടിഞ്ഞാണ് മനസ്സാകും അപ്പൊ ആ മനസ്സ് പോയിട്ട് ഇരിക്കുന്നത് എവിടെയാണ് ബുദ്ധിയിലാണ് അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് അന്വേഷണം ചോദ്യം ഒക്കെ മനഃ പ്രഗ്രഹമേ വെച്ച ഇന്ദ്രിയാണി ഹയാനാഹുഹു ഇന്ദ്രിയങ്ങൾ കുതിരകളാകുന്നു ഇവിടെ പറഞ്ഞു ശ്വേതൈഹി ഹയൈഹി യുക്തേ വെളുത്ത കുതിരകളെ കൂട്ടിയിട്ടുള്ള തേരില് മാധവനും അർജുനന്റെയും വരവ് നമ്മുടെ തന്നെ വരവായിട്ട് നാം കണ്ടു കഴിഞ്ഞ ദിവസം നാം തന്നെ ജനിക്കുന്നതാണത് നാം ഈ വിശ്വത്തിലേക്ക് വീഴുന്നതാണ് നമ്മുടെ വരവാണത് ഘോഷമൊക്കെ മുഴക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അപ്പൊ ഹൈഹിയുക്ത വെളുത്ത കുതിരകളെ കൂട്ടിയത് വെളുപ്പ് സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു വെളുപ്പ് സ്വതവേ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സവിശേഷത അതാണ് സത്വഗുണമാണ് എന്ന് പറയാ ഇന്ദ്രിയാണ് ഇന്ദ്രിയാണ് ഹയാനാഹു വിഷയാൻ തേഷു ഗോചരാൻ തേശു തേശു എന്ന് പറഞ്ഞാല് അവയ്ക്ക് ആർക്ക് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരാൻ സഞ്ചരിക്കാനുള്ള മാർഗം വിഷയാൻ വിഷയങ്ങൾ എത്രയാണ് വിഷയങ്ങൾ എന്ന് ചോദിച്ചാൽ അഞ്ചു വിഷയങ്ങൾ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം ഈ അഞ്ച് വിഷയങ്ങളിലാണ് നാം സഞ്ചരിക്കുന്നത് ഈ അഞ്ച് അനുഭവത്തെയാണ് പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് ആറാമത് ഒരു അനുഭവം ഇവിടെ ഇല്ല അപ്പൊ ശബ്ദസ്പർശ രസരൂപ ഗന്ധത്തെ അനുഭവിക്കുന്നതിനെയാണ് നമ്മൾ ഈ ലോക ലോകം എന്ന് പറയുന്നത് തന്നെ ഈ അനുഭവങ്ങളിൽ അനുഭവം ഈ അനുഭവങ്ങളെ അനുഭവിക്കുന്ന ജീവനെയാണ് പ്രപഞ്ചാനുഭവം എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് അനുഭവങ്ങളാണ് ഈ അഞ്ച് അനുഭവങ്ങൾ അനുഭവിക്കാൻ അഞ്ച് ഇന്ദ്രിയങ്ങൾ അപ്പൊ ഈ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ ഈ വാഹന ഈ റോഡുകളിലൂടെയാണ് ഈ മാർഗത്തിലൂടെയാണ് പോകുന്നത് അപ്പൊ കുതിരയാ കാതാകുന്ന കുതിര ശബ്ദമാകുന്ന റോട്ടിലൂടെ യാത്ര ചെയ്യുന്നു അടുത്ത വീട്ടിൽ നിന്ന് ചലയിത്ര ഗാനം കേട്ടുകഴിഞ്ഞാൽ ഉടനെ അല്ലെ പണ്ടാണ് ചലയിത്ര ഗാനം ഇപ്പൊ ടിവിയുടെ ശബ്ദം കേട്ട ഉടനെ നമുക്ക് ഓർമ്മയായി ഓ എന്തോ കാറ്റായി അല്ലെങ്കിൽ എന്തോ ഇപ്പൊ വേഗം നിൽക്കുകയായി അപ്പൊ എന്തെങ്കിലും കേട്ടു എന്തെങ്കിലും ഗന്ധം മണം നമ്മുടെ മൂക്കിൽ വന്നടിച്ചു അപ്പം ഈ നാസികയാകുന്ന കുതിര നമ്മളെ അങ്ങോട്ട് എഴുന്നേൽപ്പിക്കും നടക്കങ്ങോട്ട് എന്ന് പറയും അപ്പൊ നമ്മുടെ രഥം അങ്ങോട്ട് പോയി കാടുക്കളയിലേക്ക് പോയി അങ്ങനെ ശബ്ദ സ്പർശ രസ രൂപ ഗന്ധങ്ങളിൽ ഈ അനുഭവത്തെ നാം അനുഭവിച്ചു ഈ അനുഭവങ്ങളുടെ അനുഭവത്തിനായിക്കൊണ്ട് നാം ചെയ്യുന്നതാണ് ജീവിതമെന്ന യാത്ര ജീവിതം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളുടെ നിരന്തര അതായത് മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് ജീവിതം അനുഭവങ്ങളുടെ പരമ്പര ഈ അനുഭവങ്ങളുടെ പരമ്പരയിൽ നാം ഈ അനുഭവങ്ങളെ അനുഭവിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളെയാണ് ഈ ഇന്ദ്രിയങ്ങളിലൂടെ നാം ഇങ്ങനെ പോകുന്നു അപ്പൊ കേൾവിയാകുന്ന അത് കാണുന്നു ഇത് കാണുന്നു അത് പോകുന്നു ഇതൊക്കെ ഒരേ സമയത്ത് നടക്കുന്നതാണ് അതുകൊണ്ട് വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യസ്വാമികൾ ഒരത്ഭുതം ചോദിക്കുന്നു ഓരോരോ ഇന്ദ്രിയങ്ങളിൽ വ്യാപൃതരായി സ്വജീവിതത്തെ ഹോമിക്കുന്ന ചില ജീവജാലങ്ങളുടെ ചിത്രം ആചാര്യസ്വാമികൾ കാണിക്കുന്നുണ്ട് കുരങ്ക മാതംഗ പതംഗ മീന വൃങ്ക നര പഞ്ചതിരഞ്ജിതം എന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഈ മാൻ ശ്രവണത്തിൽ അത് താത്പര്യം കാണിച്ചിട്ട് അതങ്ങനെ ഒരു എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതങ്ങനെ നിൽക്കുന്നു അങ്ങനെ നോക്കും അപ്പോഴാണ് അതിനെ അമ്പ അതുപോലെ മത്സ്യം അതിനെ ചൂണ്ടല്ലിട്ട് കഴിഞ്ഞാൽ അതിനെ രസനേന്ദ്രിയത്തിൽ അടിമപ്പെട്ട് അത് പോയി പിടിക്കും വണ്ട് തേൻ നുകർന്ന് അതിന്റെ മത്ത അനുഭവിച്ചുകൊണ്ട് അതിൽ പോയി കൂമ്പിയിട്ട് അത് അതുപോലെ കണ്ണില് പാറ്റ അഗ്നി കണ്ടിട്ട് തനിക്ക് കഴിക്കാനുള്ളതാണെന്ന് കരുതിയിട്ട് അതിൽ പോയി വീഴുന്നു അങ്ങനെ ഓരോ ഒരു ഇന്ദ്രിയം മാത്രമുള്ള ഇതുപോലെ ആന മറ്റാനയുമായിട്ട് ഒരസിയിട്ട് അതിൻ്റെ ആ സ്പർശാനുഭവത്തിൽ അത് മതിമറന്ന് അതങ്ങനെ ഓടി ഓടിപ്പോയിട്ട് വല്ല കുഴിയിലും പോയി വീഴുന്നു പറയും അങ്ങനെ ഏതെങ്കിലും ഒരു ഇന്ദ്രിയങ്ങളിൽ തന്നെ അടിമപ്പെട്ട് ഒരു ഇന്ദ്രിയങ്ങൾ സചേതനമായി ഒരട്ട് ഇന്ദ്രിയം സചേതനമായി ഇരിക്കുമ്പം ആ ഇന്ദ്രിയത്തിൽപ്പെട്ട് ഓരോരോ ജീവജാലങ്ങൾ അതിൻ്റെ അതിൻ്റെ ജീവിതം ഹോമിക്കപ്പെടുന്ന സമയത്ത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും പ്രബലമായി നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥ കിം എന്ന് ചോദ്യം അഞ്ചും ആക്റ്റീവാണ് വളരെ ആക്റ്റീവാണ് കണ്ണൊക്കെ കാണാതെയായ ഉടനെ പോവുകയായി ഡോക്ടറെടുത്ത് അല്ലേ ഡോക്ടർ ഇരുത്തിയിട്ട് ചോദിച്ചു ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇത് വായിക്കൂ ഇല്ല ഇത് വായിക്കൂ ഇല്ല അവിടെ കാണുന്നത് മുഴുവൻ വായിക്കും ഇല്ല ഒന്നും അറിയില്ല ഇതിപ്പോ എന്താ കുഴപ്പം അദ്ദേഹം ഇതുവരെ ഇങ്ങനെ ഒരാളെ നോക്കിയിട്ടില്ല ചോദിച്ചു എന്താണ് പിന്നെയാ പറഞ്ഞത് എനിക്ക് എഴുത്തും അറിയില്ല നോക്കുമ്പോൾ അതാണ് കുഴപ്പം എന്തായാലും എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയാം അപ്പൊ ഓരോന്ന് കുറയുമ്പോൾ നമ്മൾ ഉടനെ പോയിട്ട് അതിനെ പരിഹരിക്കും കേൾക്കുന്നില്ലെങ്കിൽ ഉടനെ സൂത്രം വയ്ക്കും ഈ അഞ്ചും സജീവമാണ് നമുക്ക് അതുകൊണ്ട് ഈ അഞ്ച് കുതിരകളെ ഇപ്പൊ ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു എന്താ നാല് കുതിരയല്ലാത്തത് മഹാഭാരതത്തിൽ നാലേ ഉള്ളൂ അല്ലോ പിന്നെ അഞ്ച് എന്താണ് എന്നൊക്കെ സ്വാമി ആരെയും വിഷമിപ്പിക്കാനോ അടി ഉണ്ടാക്കാനോ എന്നതല്ല ഗീതാശ്രവണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സിക്കല്ല സ്വാമിയുടെ വരവ് അതിന്റെ ഉദ്ദേശവും അതല്ല ഉദ്ദേശം അപ്പൊ ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു എന്താ നാല് കുതിരയല്ലാത്തത് മഹാഭാരതത്തിൽ നാലേ ഉള്ളൂല്ലോ പിന്നെ അഞ്ച് എന്താണ് എന്നൊക്കെ സ്വാമി ആരെയും വിഷമിപ്പിക്കാനോ അടി ഉണ്ടാക്കാനോ എന്നതല്ല ഗീതാശ്രവണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സിക്കല്ല സ്വാമിയുടെ വരവ് അതിന്റെ ഉദ്ദേശം അതല്ല ഉദ്ദേശം കാരണം ആചാര്യസ്വാമികൾ എന്നെ പറഞ്ഞിട്ടുണ്ട് ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം ഈ ശബ്ദകോലാഹലങ്ങളൊക്കെ ചിത്തഭ്രമുണ്ടാക്കും വെറുതെ യാതൂതും പോയി നോക്കിക്കഴിഞ്ഞു ഇത് നമ്മുടെ ഇത് കേൾക്കുന്നതിലൂടെ ഇതിപ്പോ കടോപനിഷത്ത് ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റൂ കടോപനിഷത്തിൽ ഋഷി ഇത്ര വ്യക്തമായി പറഞ്ഞ് നിലയ്ക്ക് രഥകൽപ്പന എന്ന് പേര് ചൊല്ലി ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ തു ബുദ്ധിം തുസാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച്ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാന്തി ശുഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹു മണീഷിണ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇനി സ്വാമി സന്ദർഭവശ പറയട്ടെ രഥകൽപ്പന വേറൊരിടത്തും ഉണ്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ തുളസി രാമായണത്തില് രാമനോട് എതിരിടാൻ പോകുന്ന രാവണനോട് എതിരിടാൻ പോകുന്ന രാമൻ ആ സമയത്ത് വിഭീഷണൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് ചോദിക്കുന്നു അല്ലയോ മഹാപ്രഭു രാവണൻ എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കരനാണ് അവൻ വളരെ സൂത്രശാലിയാണ് അവൻ ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട് അങ്ങനെയാണ് അങ്ങനെയാണ് അയാൾക്കതുണ്ട് ഇതുണ്ട് രഥമുണ്ട് പിന്നെ അമ്പുണ്ട് വില്ലുണ്ട് അങ്ങേക്കാണെങ്കിൽ ഒരു മെതിയടി പോലും കാലിലില്ലല്ലോ അങ്ങ് എങ്ങനെയാണ് അയാളോട് യുദ്ധം ചെയ്യുന്നത് വിഭീഷണ ഗീത എന്നാണ് അതിൻ്റെ പേര് വിഭീഷണ ഗീത ആ ഭാഗം അവിടെ രാമൻ രഥകൽപ്പന പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാവണന് രഥമുണ്ട് എനിക്ക് രഥമുണ്ട് എൻ്റെ രഥം എന്താണ് എൻ്റെ രഥം എന്താണ് എൻ്റെ ധജം എന്താണ് എൻ്റെ രഥചക്രം എന്താണ് ആ ചക്രത്തിൻ്റെ ആരക്കാലുകൾ എന്താണ് ഇങ്ങനെ രഥകൽപ്പന ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമാനമായിട്ട് മൂല്യങ്ങളെയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ വിഭീഷണ ഗീതയിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ലക്ഷ്മ വിഭീഷണന് ഉപദേശിക്കുന്നു ഒരു രഥ കൽപ്പനയുടെ താല്പര്യം അല്ലെങ്കിൽ ഞാനും രാവണനും തമ്മിലുള്ള യുദ്ധം ഏത് പ്രകാരത്തിലുള്ള യുദ്ധമാണെന്ന് തുളസീദാസ് വളരെ ഭംഗിയായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം തർക്കമുള്ളവർക്ക് കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് സ്വാമി പറയുകയാണ് അപ്പൊ നാല് കുതിരയും അഞ്ചു കുതിരയും രണ്ടും ശരിയാണ് ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെ നാലാക്കി പറയാം എങ്ങനെയാന്ന് പറഞ്ഞാല് ശബ്ദവും സ്പർശവും രസവും രൂപവും ഗന്ധവും ആവുമ്പോ അഞ്ചാവും നാലാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാല് സ്പർശമറിയുന്നത് ത്വഗിന്ദ്രിയമാണ് സ്പർശം അറിയുന്നത് രസമറിയുന്നതും ത്വകിന്ദ്രിയമാണ് രസന രസം അപ്പൊ ഈ രണ്ടിനെയും കൂടെ ചേർത്ത് ടു ഇൻ വൺ ആക്കി അതെ അപ്പൊ നാല് അതിനെ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ അഞ്ച് അപ്പൊ ഇരിക്കട്ടെ അഞ്ച് കുതിര ചിലപ്പോൾ ചിത്രം വരയ്ക്കുന്ന ആൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഈ അഞ്ച് കുതിരയാകുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് രണ്ടും രണ്ടും ആക്കി നാലാക്കി ചേർത്ത് വെച്ചു അഞ്ചായിട്ട് നമുക്ക് പറയാം കാരണം ഇതെല്ലാം കൽപ്പനയാണ് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് നമുക്കിങ്ങനെ തന്നെ മനസ്സിലാക്കാം അപ്പൊ അഞ്ച് കുതിരകൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ അഞ്ച് അനുഭവങ്ങൾ ഈ അനുഭവങ്ങളിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത് അവിടെ പറയണം എന്താണ് ഈ അനുഭവത്തില് ഈ യാത്രയില് എങ്ങോട്ടാണ് ഈ യാത്ര അതിനെക്കുറിച്ച് പറയുന്നു ഇവിടെ യസ്തു അവിജ്ഞാനവാൻ ഭവതി അയുക്തേന മനസാ സദാ തസേന്ദ്രിയണ്ണവശ്യ ദുഷ്ടാശ്വാ ഇവ സാര യസ്തു അവിജ്ഞാനവാൻ ഭവതി യഹു യാതൊരു സാരഥിയാണോ ഉപനിഷത്ത സ്വാമി പറയുന്നത് ഗീതയല്ലേ ഉപനിഷത്ത് ഉപനിഷത്തിൽ പറയുക യസ്തു അവിജ്ഞാനവാൻ ഭവതി യഹാത്തു ഏതൊരു സാരഥിയാണോ അവിജ്ഞാനവാൻ ഭവതി വ്യക്തമായ ലക്ഷ്യബോധം ഇല്ലാതെ ഇരിക്കുന്നത് ഈ രഥയാത്ര ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ് ഞാൻ എങ്ങോട്ടാണ് നടക്കുന്നത് ൊരു ചോദ്യം വേണേ പ്രപഞ്ചത്തിൽ അനേക ജീവജാലങ്ങളുണ്ട് ഓരോ ജീവജാലത്തിനും കുട്ടികളുണ്ട് അടുത്ത വീട്ടിലെ നായയുടെ കാര്യം നോക്കിയാല് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ നായയെ നോക്കിയാല് അല്ലെങ്കിൽ പൂച്ചയെ നോക്കിയാല് അതിന് കുട്ടികളുണ്ട് ശരി എനിക്കുണ്ട് കുട്ടികൾ അത് ഉറങ്ങുന്നു ശരി ഞാനും ഉറങ്ങുന്നു അത് ഭക്ഷണം കഴിക്കുന്നു ഞാനും ഭക്ഷണം കഴിക്കുന്നു എന്താ ഞാനും അതും തമ്മിലുള്ള വ്യത്യാസം കോ ഭേദ അത് കണ്ണാടി നോക്കുന്നില്ല ശരി കണ്ണാടി നോക്കാൻ വേണ്ടിയാണോ ഞാൻ ജനിച്ചത് പൗഡർ ഇടാൻ വേണ്ടിയാണോ ഞാൻ ജനിച്ചത് എനിക്ക് ക്ലബ്ബുണ്ട് അതിന് ക്ലബ്ബില്ല എനിക്ക് ഗീതാ ക്ലാസ് ഉണ്ട് അതിന് ഗീതാ ക്ലാസ് ഇല്ല അപ്പൊ എന്താണ് എന്റെ ജീവിത ഉദ്ദേശം എങ്ങോട്ടേക്കാണ് ഞാൻ ഈ രഥത്തെ കൊണ്ടുപോകുന്നത് എന്നറിയാത്തവൻ അവിജ്ഞാനവാൻ ഭവതി യാതൊരു യാതൊരുവനാണോ ലക്ഷ്യബോധമില്ലാതെ മാർഗം ഏതെന്ന് നിശ്ചയമില്ലാതെ സദാ അയുക്തേന മനസ്സാ യുക്തമല്ലാത്ത നിയന്ത്രിതമല്ലാത്ത മനസ്സോടുകൂടി എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് കടിഞ്ഞാണില്ല എന്ന് പറയാ ഇനി കുതിരയ്ക്ക് കടിഞ്ഞാണുണ്ടെങ്കിൽ തന്നെ ആ കടിഞ്ഞാണാരും പിടിക്കാനില്ല അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോവും ഇവിടുന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഇങ്ങോട്ട് വന്നു അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി എവിടെ പോകണം എങ്ങനെ പോണം എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരാൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ വേറൊരാൾ അങ്ങോട്ട് വലിക്കും ഇങ്ങനെ നമ്മൾ ആകെ കൂടെ ഒലയുന്നു എന്ന് പറയാ അങ്ങനെയുള്ള അയുക്തേന മനസ്സാ സദാ അവശ്യാനി അവന് എന്തി എന്താ പറയുക വ്യക്തമായ ലക്ഷ്യബോധമില്ല അതേസമയത്ത് മനസ്സെപ്പോഴും നിയന്ത്രിതമല്ലാത്ത കടിഞ്ഞാൻ പിട്ടുപോയിട്ട് രഥമോടിക്കുന്ന തസ്യ ഇന്ദ്രിയണി അവന്റെ ഇന്ദ്രിയങ്ങൾ അവന് വശംവത അല്ല അതുകൊണ്ട് ദുഷ്ടാശ്വ ഇവ സാരഥേഹേ അവന്റെ അശ്വങ്ങൾ ദുഷ്ടങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ഇന്ദ്രിയങ്ങൾ അവന് ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നിരന്തരം കാരണം അവൻ ഇന്ദ്രിയങ്ങളെ പീഡിപ്പിക്കുന്നു അവൻ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതേ അങ്ങനെയാണ് പരനെ പരപീഡനത്തിനു വേണ്ടി മാത്രം താൻ തന്റെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു കാര്യം തന്നെയും മറ്റുള്ളവരെയും അങ്ങനെ ദുഷ്ടാശ്വ ഇവ സാരഹേ എന്നിട്ടോ ഇവ അവൻ എന്താവുന്നു നിയന്ത്രണമില്ലാതെ തസ്യ അവശ്യാനി അവന് നിയന്ത്രണം ഇല്ല അവൻ നശിക്കുന്നു എന്ന് പറയാം തുടർന്ന് പറയുന്നു യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ തസ്യേന്ദ്രിയശ്യാണി സദശ്വാ മറിച്ചാണ് മറ്റവന്റെ കാലം മറ്റേ ആളുടെ കാര്യം എന്ന് പറയാം യഹാ താതൊരുവനാ യാതൊരുവനാണോ വിജ്ഞാനവാൻ ഭവതി മനസ്സും ബുദ്ധിയും ഒക്കെ നേർരേഖയിൽ നിൽക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഉടനെ വേണോ വേണ്ടേ എന്ന് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ഒരു സാവകാശം എന്തെങ്കിലും കേട്ടു ഉടനെ ചാടി പുറപ്പെടാതെ വേണ്ടതാണോ ആവശ്യമുണ്ടോ അത് കിട്ടിയിട്ട് എന്താണ് കാര്യം നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പരസ്യം കണ്ടാൽ മതി അപ്പൊ അതിൽ കൊണ്ടുപോയി കുറെ കാശിട്ടു എന്നിട്ട് എല്ലാം പോകുന്ന സമയത്ത് പറയും അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു തട്ടിപ്പായിരിക്കുമെന്ന് എന്നിട്ടും കൊണ്ടുപോയി ഇടുക എന്നതിലൊക്കെ ഒരു പത്രപരസ്യം കണ്ടു എളുപ്പം എങ്ങനെ ധനികനാകാമെന്ന് പത്ത് രൂപ സ്റ്റാമ്പ് അയ എന്താ പറയുക മണി ഓർഡർ അയക്കാൻ അപ്പൊ അവിടുന്ന് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു പോസ്റ്റ് കാർഡിൽ വന്നു ഇത് തന്നെയാണ് സുഹൃത്തെ കാശുണ്ടാക്കാനുള്ള വഴി കാരണം നിന്നെ പോലെ കുറെ വിഡ്ഡികൾ എനിക്ക് പത്ത് രൂപ ആഴ്ച തന്നിട്ടുണ്ട് എന്ന് പറയാം അപ്പൊ അയാൾക്ക് ചിലവ് നാൽപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ എന്തെങ്കിലും കേട്ടാ ഉണ്ടെ ഇതുപോലെ എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണമില്ലാത്ത എവിടെ പറയുന്നത് എന്താ യഹ വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദ ഇന്ദ്രിയങ്ങളിൽ ഇന്ദ്രിയങ്ങൾക്ക് മേലിൽ പ്രാബല്യം ഉണ്ടായിരിക്കുക അറിവോടുകൂടി വേദാന്തത്തില് ക്ഷമാ എന്ന രണ്ട് ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ക്ഷമ എന്ന് പറഞ്ഞാൽ ബാഹ്യേന്ദ്രിയ നിഗ്രഹ ദമാ മനോനിഗ്രഹ രണ്ട് നിയന്ത്രണങ്ങളാണ് ക്ഷമാധമ ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം മുമുക്ഷത്വം ഇത്യാദി ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന രണ്ട് ഗുണങ്ങൾ ഒന്ന് ബാഹ്യേന്ദ്രിയ നിഗ്രഹവും ഒന്ന് എന്താ മനസ്സിന്റെ നിയന്ത്രണവും ഇത് രണ്ടും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ യുക്തേന മനസാ സദാ തസ്യ തസ്യ ഇന്ദ്രിയണി വശ്യാനി സദശ്വാ ഇവ സാരദേഹേ സദശ്വാക്കളായിട്ടുള്ള ആ ഇന്ദ്രിയങ്ങൾ ആ സാരഥിക്ക് വശംവധമാകുന്നു അവന്റെ യാത്ര സുഗമമാകുന്നു എന്ന് പറയാം തുടർന്ന് യസ്തു അവിജ്ഞാനവാൻ ഭവതി അമനസ്ക സദാശുചി നസ തത്പദമാപ്നോതി സംസാരം ചാതികച്ചതി ഉപനിഷത്ത് സംസാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ പോക്കിനെയാണ് ആരാണ് സംസാരത്തിൽ വീഴുന്നത് ഇവിടെ പറയുന്നു യഹാത്തു ഏതൊരുവനാണോ അവിജ്ഞാനവാൻ ഭവതി അവിവേകിയായിട്ടുള്ള സാരഥിയോട് കൂടിയിട്ട് ആ ഒരു സാരഥി തന്നെ ഇല്ല എന്ന് പറയാം അത് മദ്യം കഴിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും നിങ്ങളൊരു ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷകാര നല്ല എവിടേക്കാ പോണ്ടത് എന്ന് ചോദിച്ചിട്ട് ആ വണ്ടി എടുത്തെന്നുണ്ടെങ്കിലോ എവിടെയും പോണ്ട നമ്മൾ ഇറങ്ങില്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയുണ്ട് മനസ്സിനെ മനസ്സിനെ കുറിച്ച് പറയുന്ന ഒരു പ്ലെയിൻ ആക്സിഡന്റ് ആവുന്ന കഥ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും പ്ലെയിൻ ആക്സിഡന്റായി ആക്സിഡന്റ് ആയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ എയർ റൺവേയിൽ തന്നെയായിരുന്നു റൺവേയിൽ ലാൻഡ് ചെയ്ത ഉടനെയാണ് ഉച്ച അങ്ങോട്ട് പോയപ്പം ചിറകൊടിഞ്ഞു അതിലേറെക്കുറെ എല്ലാവരും മരിച്ചു എന്നാണ് അതുകൊണ്ട് പത്രക്കാർക്കൊക്കെ വന്ന് അതിനെ പരിശോധിക്കാൻ പറ്റി അവരൊക്കെ വീഡിയോ ക്യാമറയൊക്കെ ആയിട്ട് വന്നു നോക്കുന്ന സമയത്ത് ഒരാൾക്കെ അതിൽ ജീവനുള്ളൂ അതൊരു കുരങ്ങനായിരുന്നു കുരങ്ങനെ എങ്ങനെ പ്ലൈനിനകത്ത് കയറ്റി എന്നൊന്നും ചോദിക്കരുത് കഥയിൽ ചോദിച്ചിട്ടില്ല അതെ കുരങ്ങനോട് ചോദിച്ചു എന്താ സംഭവിച്ചത് ഇത് സംഭവിക്കുമ്പോ എന്ത് എന്ത് എന്തായിരുന്നു ആളുകളൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ കാണിച്ചു കുരങ്ങനെ സംസാരിക്കാറില്ല കുരങ്ങിനെ ആക്ഷൻ കാണിച്ചു എല്ലാവരും ഉറങ്ങുകയായിരുന്നു അപ്പൊ പത്രക്കാർ എഴുതി ഉറങ്ങുകയായിരുന്നു എല്ലാം പൈലറ്റ് എന്ത് ചെയ്യായിരുന്നു അതേപോലെ അത് ശരി അപ്പൊ ഇത് ഓടിച്ചതാരക്സിഡന്റ് ആവാൻ വേറെ എവിടെയും പോകണം മനസ്സാണ് അവിടെ മനസ്സ് വാഹനം ഓടിക്കാൻ തുടങ്ങിയാൽ കലാശമാണ് മനസ്സ് വന്നു കഴിഞ്ഞാൽ മനസ്സാണ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പതനം ബുദ്ധിയാണ് വേണ്ടത് പക്ഷെ പലപ്പോഴും ഇത് വേഷം മാറിയിട്ട് നിൽക്കും നമുക്ക് മനസ്സിലാവില്ല ബുദ്ധിയാണോ മനസ്സാണോ അതാണൊന്ന് തെളിഞ്ഞു കിട്ടേണ്ടത് ചഞ്ചലാത്മിക മനഹ നിശ്ചയാത്മിക ബുദ്ധിഹി എന്ന് പറഞ്ഞുവല്ലോ മനസ്സിലാക്കേണ്ടത് അതാണ് അപ്പം യഹാത്തു അവിജ്ഞാനവാൻ ഭവതി അമനസ്ക പറയുന്നു നിയന്ത്രിതമല്ലാത്ത മനസ്സോടുകൂടി സദാ അശുചിഹി ശുചിയല്ലാത്ത അവൻ നസ തത്പമാപ്പനോതി അവൻ ആ പദത്തിൽ എത്തിച്ചേരുന്നില്ല അവന്റെ രഥം അവിടെ എത്തുന്നില്ല പിന്നെ അവന്റെ രഥം എവിടെയാണ് സംസാരം ച അധികച്ചതി അതിങ്ങനെ തൃശ്ശൂരില് അറിയാത്ത ഒരാള് പോയി കഴിഞ്ഞാൽ ആ റൗണ്ടിൽ കിടന്ന് ഇങ്ങനെ ആ കോഴിക്കോട് റോഡിലേക്ക് ഇങ്ങോട്ട് പോണമെന്നുണ്ടായിരുന്നു ഗുരുവായൂർക്കും അവിടെയൊക്കെ അബദ്ധവശാൽ തൃശ്ശൂര് പെട്ടു കറക്കം തന്നെ കറക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയാം പോയിട്ടുള്ളവർക്കറിയാം അതിലെ ചില വഴികളുണ്ട് അതിലെ ഇങ്ങോട്ട് പോണം അപ്പോഴെ ഇങ്ങോട്ട് പുറത്തേക്ക് അടങ്ങാൻ പറ്റും സംസാരം ച അധികച്ചടി ചക്രവ്യൂഹത്തിൽ ഇന്നലെ അഭിമന്യുപ്പെട്ടു എന്ന് പറഞ്ഞു പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും നിവർത്തിയില്ല തുടർന്ന് പറയുന്നു യസ്തു വിജ്ഞാനവാൻ ഭവതി സമനസ്ക സദാശുചി ന സ തത്പദമാപ്പ്നോ സതു തത്പദമാപ്നോതി യത് ഭൂയോ നായതേ വിജ്ഞാന സാരധിറിയസ്തു മനഃപ്രഗ്രഹവാൻ നരഹ സ്വധ്വന പാരമാപ്നോതി തദ്വിഷ്ണു പരമം പദം ആ വിഷ്ണുവിന്റെ പരമപദത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ വിഗതാഹ കുണ്ടാഹ തസ്യ ഭാവ വൈകുണ്ഠം തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ടുള്ള ഒരു ഈ ട്രാഫിക് ജാം ഒന്നുമില്ല എന്ന് പറയാ നല്ല യാത്ര നമ്മൾ തന്നെ പറയുക എങ്ങനെ അല്ലേ എങ്ങനെയുണ്ട് ആ പോകണു എങ്ങനെ പോകുന്നു തട്ടി മുട്ടിയൊക്കെ പോരാ തട്ടാതെ മുട്ടാതെ വേണം പോവാൻ ജീവിതമാകുന്ന യാത്ര സുഗമമായിട്ട് പോട്ടെ എന്ന് പറയാ അപ്പൊ ഇവിടെ പറയും എന്താ പറയുന്നത് യസ്തു വിജ്ഞാനവാൻ ഭവതി ഏതൊരുവനാണോ വിവേകിയായിട്ടുള്ള ബുദ്ധി സാരഥിയോട് കൂടിയിട്ട് സമനസ്ക വശപ്പെട്ട മനസ്സോടുകൂടി ആ ഇന്ദ്രിയങ്ങൾ മുഴുവൻ തനിക്ക് വശംവതമായി കഴിഞ്ഞു എന്ന് പറയാം സദാശുചി എപ്പോഴും ആ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിവർത്തിപ്പിക്കാൻ സദാ ജാഗരൂകനായിട്ടിരിക്കുന്ന അവന് എന്താണ് സഹ അവൻ തത്പദം ആപ്നോതി ആ പരമമായിട്ടുള്ള പദത്തെ പ്രാപിക്കുന്നു വിജ്ഞാന സാരഥി റിയസ്തു യഹ ഏതൊരുവനാണോ വിജ്ഞാന സാരഥി ലക്ഷ്യബോധമുള്ള സാരഥിയായിട്ടുള്ള അവൻ മനഃ പ്രഗ്രഹവാൻ നര മനസ്സാകുന്ന കടിഞ്ഞാണിനെ എന്താ നിയന്ത്രണം ചെയ്തിട്ടുള്ളവന് അവന് അവന് രാമായണത്തില് സുഗ്രീവൻ എന്ന് പേര് സുഷ്ടും ഗ്രീവം ഇതി സുഗ്രീവം നിയന്ത്രണത്തോടുകൂടിയ മനസ്സ് സുഗ്രീവം പ്രഗ്രഹം കടിഞ്ഞാണിനെ നിയന്ത്രിച്ചിട്ടുള്ള അവന് സഹ അവൻ അധ്വന പാരം അവൻ അതിന്റെ മറുകര കടന്നവനാണ് പറയാ അധ്വനപാരം അവൻ തത് പദം ആപ്നോതി തദ്വിഷ്ണു പരമം പദം ആ വിഷ്ണുവിന്റെ വൈകുണ്ടം വൈകുണ്ടം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭൂഗോളമല്ല എല്ലാ സ്വർഗമാണ് എന്ന് പറയുക സ്വർഗം എന്ന് യാതൊരു പ്രശ്നങ്ങളും ഒരു കുട്ടിയെ അടുത്തൊരു തമാശ പറയുട്ടെ ഈ ആദം ഔവ അവർ രണ്ടുപേരും ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചു അത്ര അപ്പൊ പറഞ്ഞ ഇന്ത്യ രാജ്യക്കാരാണ് അത് നിനക്ക് എങ്ങനെ മനസ്സിലായിരുന്നു അല്ല ഒരു ആപ്പിള് അവർക്ക് അവിടെ ഒന്നും ഇല്ല കഴിക്കാൻ ഒരു ആപ്പിള് ഒരാപ്പിളേ ഉണ്ടായിരുന്നുള്ളു അത് രണ്ടാക്കിയിട്ട് അവർ കഴിച്ചിട്ട് പറഞ്ഞു ഇത് സ്വർഗാണ് അങ്ങനെ ഒരു ആപ്പിൾ മാത്രം ഇരിക്കുക അത് കഴിച്ചിട്ട് സ്വർഗമാണെന്ന് പറയുകയാണെങ്കിൽ അത് ഇന്ത്യ ആവാനേ സാധ്യതയുള്ളൂ എന്നാണ് ഇന്ത്യയ്ക്കുള്ള നല്ലൊരു കോംപ്ലിമെന്റാണ് പക്ഷെ ഇപ്പൊ നമ്മളത് അങ്ങനെ പറയുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാ അപ്പൊ ഏതൊരു ലോകമാണ് തനിക്ക് മുൻപ് ദുരിതങ്ങൾ നിറഞ്ഞതാണ് എന്ന് തോന്നിയത് അതേ ലോകം തന്നെ അതേ സൂര്യൻ പക്ഷേ ആ സൂര്യോദയത്തിന് ഒരു പുതുമയുണ്ട് എന്ന് പറയാം പഴയ നക്ഷത്രങ്ങളെയല്ല ഞാൻ ഇന്ന് കാണുന്നത് പഴയ ചന്ദ്രനും പഴയ പൂക്കളും ഒന്നുമല്ല ഒരു പുതുമയുണ്ട് എല്ലാറ്റിലും ഒരു സംഗീതമുണ്ട് എന്ന് പറയാം ഇനി ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ രഥത്തെ കൊണ്ടുപോയിട്ട് അർജുനൻ പറയുന്ന ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലേക്ക് ഇതാണ് രഥം നമ്മുടെ ശരീരം മനസ്സ് ബുദ്ധി ആ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വിഷയങ്ങൾ ഇവിടെ ഇത്രയും ആളുകളാണ് ഇതിലുള്ളത് ഭഗവാൻ ബുദ്ധിസ്ഥാനീയനായിട്ട് അർജുനൻ മന എന്താ പറയുക ഇതിന്റെ ഉടമയായിട്ടാണ് തൽക്കാലം പക്ഷേ ആ അർജുനനെ കവിധ്വജനായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് കവി അതുകൊണ്ട് മനസ്സിന്റെ പ്രതീകമാണ് ഇളക്കമുള്ള ഉടമ തന്നെയാണ് വളരെ ഭംഗിയിലാണ് അത് ആലോചിച്ചു നോക്കണേ ആലോചിച്ച് ഉറപ്പിച്ചു വയ്ക്കണം അതായത് ഉടമ ആരെന്നറിയാതെ മനസ്സാണിപ്പോൾ ഉടമയായിട്ടിരിക്കുന്നത് മനസ്സാണ് കാര്യങ്ങൾ പറയുന്നത് ഞാൻ ആരാ നിങ്ങളാര മനസ്സിലായില്ലോ എന്നെ മനസ്സിലായില്ലേ ഞാൻ മനസ്സിലാക്കി തരാം എന്നെക്കുറിച്ച് പറയുന്നവൻ ആരാണ് ഏതൊരു ഞാനിനെയാണ് ഞാനിന്ന് ഞാൻ ഞാൻ ഞാൻ ഇന്ന് പറയുന്നത് യഥാർത്ഥ ഞാൻ ആരാണ് അപ്പൊ മനസ്സാണിപ്പം എന്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്നെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് മനസ്സ് മനസ്സിനെ നമുക്ക് സ്വീകരിക്കാം എന്നിട്ട് മനസ്സും ബുദ്ധിയുമായിട്ടുള്ള ഒരു സംവാദം അപ്പൊ അർജുനൻ ചോദിക്കുന്നു ഭഗവാനോട് എന്താ പറയണത് ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലായിട്ട് എന്റെ തേരിനെ എന്റെ രഥത്തെ കൊണ്ടുപോയി നിർത്താൻ അപ്പം ധ്യാനത്തില് ഇതാണ് സംഭവിക്കുന്നത് ഇരു ചിത്തവൃത്തികളെ ചിത്തവൃത്തികളെ നിരീക്ഷിക്കുക ആരോടാണ് എനിക്ക് ജയിക്കേണ്ടത് ആരൊക്കെയാണ് എന്റെ ശത്രുക്കൾ ആരൊക്കെയാണ് എനിക്ക് ഇല്ലായ്മ ചെയ്യേണ്ടത് ധ്യാനത്തിൽ ഞാൻ ചെയ്യുന്നതാഥാ ധ്യാനം എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണടച്ചിരിക്കലല്ല എന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്റെ മനസ്സ് എങ്ങോട്ട് അത് സത്വികാരങ്ങളാവട്ടെ ദുർവികാരങ്ങളാവട്ടെ ഒക്കെ വികാരങ്ങളാണ് എല്ലാ വികാര വിചാരങ്ങളെയും നിരീക്ഷിക്കുക അതിനെനിക്ക് എന്തു വേണം ഒരു പ്രത്യേക ഒരു ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിൽ എനിക്ക് നിൽക്കാൻ സാധിക്കണം ഉപനിഷത്ത് കയനോപനിഷത്ത് പറയുന്നു പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്തതേ വീര്യം വിദ്യയാ വിന്തേ അമൃതം പ്രതിബോധ വിദിതം മതം ബോധം പ്രതി ഉദിച്ചു വരുന്ന ബുദ്ധി സങ്കല്പങ്ങൾ വിശകലനം ചെയ്യുക ഓരോ ചിത്തവൃത്തികളെയും നിരീക്ഷിക്കുക അത് തന്നെയാണ് യുദ്ധം ആദ്യം ആ നിരീക്ഷണമാണ് അർജുനൻ ഇവിടെ പറയുന്നുണ്ട് അർജുനൻ പറയാൻ പോകുന്നുണ്ട് അർജുനൻ പറഞ്ഞത് ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലായി എന്റെ രഥത്തെ സ്ഥാപിച്ചാലും ഉപനിഷത്ത് കേന ഉപനിഷത്ത് പറയുന്നു പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദ വിന്തര്യം വിദ്യയാ വിന്ത അമൃതം പ്രതിബോധ വിദിതം മതം ബോധം പ്രതി ഉദിച്ചുയരുന്ന ബുദ്ധി സങ്കല്പങ്ങള് വിശകലനം ചെയ്യുക ഓരോ ചിത്തവൃത്തികളെയും നിരീക്ഷിക്കുക അത് തന്നെയാണ് ആദ്യ ആ നിരീക്ഷണമാണ് അർജുനൻ ഇവിടെ പറയുന്നുണ്ട് അർജുനൻ പറയാൻ പോകുന്നുണ്ട് ഇപ്പൊ അർജുനൻ പറഞ്ഞത് ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലായി എന്റെ രഥത്തെ സ്ഥാപിച്ചാലും എന്താ ഭഗവാൻ പറയുന്നത് എന്തിനാണ് രഥസ്ഥാപനം ഈ രഥസ്ഥാപനം കൊണ്ട് അർജുനൻ എന്താണ് ഉദ്ദേശിക്കുന്നത് പറയുന്നു അർജുനൻ നോക്കാം നിരീക്ഷേഖം കടോപനിഷത്തിൽ അടുത്ത രണ്ട് മന്ത്രങ്ങളും കൂടെയുണ്ട് സ്വാമി അതി രണ്ട് ശ്ലോകങ്ങളും കൂടെ കഴിഞ്ഞിട്ടതിനെക്കുറിച്ച് പറയാം എങ്ങനെയാണ് വിഷ്ണുപദത്തിൽ എത്തുക എന്ന് ഉപനിഷത്ത് വീണ്ടും പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ അപ്പുറത്തേക്ക് അവിടുന്ന് ആ ഭഗവാനിൽ എത്തിച്ചേരേണ്ടത് ധ്യാനത്തിന്റെ പരമകാഷ്ടയെക്കുറിച്ച് നോക്കാം യാവത് ഏതാൻ നിരീക്ഷെ അഹം യോദ്ധുഗാമാൻ അവസ്ഥിതാൻ കൈ മയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ അസ്മിൻ രണസമുദ്യമേ ഈ രണഭൂമിയിൽ ഈ യുദ്ധഭൂമിയിൽ നല്ല പ്രയോഗമാണ് ഓർക്കുക യുദ്ധം ആരംഭിക്കുന്നത് ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തോ ഏതെങ്കിലും ഒരു ആയുധപ്പുരയിലോ അല്ല യുദ്ധത്തിൻ്റെ ആരംഭം മനസ്സിലാണ് ഏത് യുദ്ധവും പൊട്ടിപ്പുറപ്പെടുന്നത് ആദ്യം ഏതോ മനസ്സിലാണ് അതൊന്നായാലും രണ്ടായാലും ഇനി മൂന്ന് ഉണ്ടെങ്കിൽ അതും ഒന്നാം ലോകമഹായുദ്ധത്തിന് കാരണമായി ഭവിച്ചത് എന്തൊക്കെയാണ് എന്ന് ലോ യുദ്ധചരിത്രം ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ പിടികിട്ടും രണ്ടാം ലോകമഹായുദ്ധത്തിന് കാരണമായത് എന്താണ് നിസാരങ്ങളായിട്ടുള്ള കാരണങ്ങളൊക്കെയാ നിസാരങ്ങളാണ് വളരെ നിസാരം ഭാര്യയും ഭർത്താവനും അതിൽ ഒരു അതിലെ സ്ത്രീയെ കൊന്നതാണ് ആദ്യം ആരംഭം ഒന്നിന് അത് പിന്നീട് എന്താ വംശീയ കലാപമാകുന്നു പിന്നീട് അതിൽ ചിലര് ഭാഗം ചേരുന്നു അനന്തരം അത് അയൽരാജ്യത്തേക്ക് വ്യാപിക്കുന്നു പല രാജ്യങ്ങൾ കൂറു പുലർത്തുന്നു ചിലർ വിട്ടു നിൽക്കുന്നു വിട്ടു നിൽക്കുന്നവരോട് അസൂയ തോന്നുന്നു അവിടെ ബോംബിടാൻ കൊണ്ട് പിന്നെ പല പല പരീക്ഷണങ്ങൾ ഈ ഉണ്ടാക്കിയ ബോംബൊക്കെ പിന്നെ ശാസ്ത്രകാരന്മാർക്ക് അവരുടെ പരീക്ഷണത്തിനും മറ്റും അപ്പൊ യുദ്ധത്തിന്റെ കാരണം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ വളരെ രസമാണ് എവിടെയാണ് ഈ യുദ്ധം ിക്കുന്നത് മനുഷ്യ മനസ്സിൽ ഏത് യുദ്ധവും ഏത് ഇവിടെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ആരംഭിച്ചത് ആദ്യം ഏതോ ചില മനസ്സിലാണ് അതുകൊണ്ടാണ് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പം കൊല ചെയ്ത ആള് ആ കൊല ചെയ്ത ആളെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അന്വേഷണം അവിടെ കൊണ്ട് അവസാനിക്കില്ല അവനൊരു വാടക കൊലയാളിയാണെങ്കിൽ അന്വേഷണം വീണ്ടും മുന്നോട്ട് പോവും ആരാണ് ഇതിൻ്റെ പിറകില് അങ്ങനെയാണ് ചില ഹോട്ടലിലൊക്കെ അന്വേഷണം എത്തും അപ്പൊ ആ ഹോട്ടലിൽ ഇരുപത്തിരണ്ടാം റൂമിൽ കുറ ഒരു മൂന്ന് പേര് റൂം എടുത്തുവെന്നും ആ ഇരുപത്തിരണ്ടാം റൂമിലിരുന്ന് അവർ ചർച്ച ചെയ്തു എന്നും എന്നാൽ ഇരുപത്തിരണ്ടാം റൂമിനെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യാൻ പറ്റോ ഇല്ല അവിടെ ഇരുന്ന മൂന്ന് പേരിൽ ഒരു വിദ്വാന്റെ മനസ്സിൽ അവൻ പദ്ധതി ആസൂത്രണം ചെയ്തു അവൻ പറഞ്ഞു ഇന്നടത്തിട്ടിട്ട് ശരിയാക്കാം എന്ന് അപ്പൊ ആ കൊല നടക്കുന്നത് ചിലപ്പം ഒരു വർഷം കഴിഞ്ഞിട്ടോ രണ്ടു വർഷം കഴിഞ്ഞിട്ടോ ആയിരിക്കാം പക്ഷേ കൊല വളരെ മുൻപേ നടന്നു കഴിഞ്ഞു ഇവിടെ ഏതോ ചില മനസ്സിൽ അവിടേക്കാണ് ആ കുരുക്ഷേത്ര ഭൂമിയിലേക്കാണ് വ്യാസൻ നമ്മെ ക്ഷണിക്കുന്നത് അസ്വിൻ രണസമുദ്യമേ ഈ രണഭൂമിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ പലപ്പോഴായിട്ട് നമ്മൾ എത്ര പേര് കൊല്ലാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നറി എത്ര എത്ര ആളുകൾ ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ പല്ലുകടിച്ചിട്ട് എല്ലാറ്റിനും വെടിവെച്ചു പോലെയാണ് ഈ ഓട്ടഷക്കാരെ മുഴുവൻ ബാക്കി സ്വാമി പറയുന്നില്ല ആരെങ്കിലും ഇതിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കാരണം പലർക്കും ഓട്ടോറിക്ഷക്കാരെന്തോ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കാൻ മാത്രം വന്നവരാണ് എന്നൊരു ധാരണയാണ് എന്തോ അവർക്ക് സൗകര്യമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോവാൻ നമ്മളൊന്ന് കാലൊന്ന് കൈയ്യൊക്കെ ഒന്നും കൈ ആയി കൊടുത്തു കഴിഞ്ഞാൽ കൈ ഉള്ള കൂടെയൊക്കെ അവര് പോകുന്നു അവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് രാവിലെ മുതൽ ഇത് ഓടിക്കുകയാണ് രാവിലെ മുതൽ രാത്രി വരെ ഭാര്യയും കുട്ടികളും അവർക്ക് അവരുടേതായിട്ടുള്ളത് അതൊക്കെ വെച്ച് ഇങ്ങനെ ഇതിങ്ങനെ ഒരു ഓട്ടമാണോ നമ്മളപ്പോഴാണ് വൈകുന്നേരം ഒരു പച്ചക്കറിക്കൊക്കെ ആയിട്ട് ഒരു വരം ഇവരെ കൊണ്ട് അപ്പൊ നമ്മുടെ ഉള്ളിൽ യുദ്ധം അപ്പൊ ഒരല്പം പോലും നമ്മൾ വിട്ടുകൊടുക്കുക നമ്മൾ അവിടെ തന്നെ നിർത്തും നമ്മൾക്ക് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളൊരനുഭവം നിങ്ങളോട് പറയാം ഒരു കയറ്റമാണ് ഒരു കയറ്റം ഒരു ഓട്ടർഷയ്ക്ക് കൃത്യമായിട്ട് പോകാനുള്ള വഴിയാണ് രണ്ട് ഓട്ടർഷ ഒരുമിച്ച് പോകില്ല ഒരെണ്ണം കയറി വരുന്നു ഒരെണ്ണം ഇറങ്ങി വരുന്നു രണ്ടുപേരും മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക ഒരാളും വിട്ടുകൊടുക്കുന്നില്ല അപ്പൊ നമുക്ക് അത്ഭുതമായി ഒരാളിനി മുകളിൽ കൂടെ പോവുമോ എന്തായാലും ഒന്ന് കാണണം ഏകദേശം സമാസം എത്തിയപ്പോൾ അവിടെ നിർത്തി എന്നിട്ട് ഒരാളിങ്ങനെ റൈസാക്കാൻ തുടങ്ങി കാരണം ഞാൻ നിർത്തില്ല നീ വേണമെങ്കിൽ പറഞ്ഞില്ലേക്ക് എടുക്കാൻ അപ്പം അവനെന്ത് ചെയ്തു ഓഫ് ചെയ്തു അപ്പൊ ഇയാളും ഓഫ് ചെയ്തു പിന്നെ അങ്ങനെ നിന്നു കുറെ പേര് കുറെ രണ്ടു പേരും അങ്ങനെ നിർത്തി ആർക്കൊരു തിരക്കുമില്ല അവിടെ ഒരാൾ സൈഡിൽ നിന്നെടുത്ത് പത്രം എടുത്ത് വായിക്കാൻ തുടങ്ങി അപ്പൊ മറ്റവൻ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് വരണം വായിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊന്നും തരണം എന്നുള്ളത് അതെ എന്നാലും ഞാനിവിടെ നിൽക്കുന്നു അങ്ങനെയുള്ളൊരു വാശി അതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന അടി അല്ലേ എത്ര ചെറിയ ചെറിയ തട്ടലും മുട്ടലും ഉണ്ടാവുന്ന സമയത്ത് അടി നടക്കുന്നത് കാണാം ഒരു ബസ് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഒരു ബസ് എങ്ങനെയെങ്കിലും ഒരു കുട്ടിയെ തട്ടി ഒരു വൃദ്ധനെ തട്ടി ഒരു സ്ത്രീയെ തട്ടി ഒരു ബസ്സിന്ന് സ്ത്രീ ഇറങ്ങുന്ന സമയത്ത് അവർക്കൊരു ലൈസൻസും ഇല്ലാതെ ഇറങ്ങിയുന്ന സമയത്ത് ആ സാരിയൊക്കെ കുടുങ്ങി മറിഞ്ഞു വീണിട്ടുണ്ടാവും ആ ഡ്രൈവറെ പിടിച്ചിട്ടൊന്ന് ശരിയാക്കി കളയും നമ്മുടെ മനസ്സ് അങ്ങനെ സെറ്റായിരിക്കുക ബസ് ഇടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഡ്രൈവറെ തങ്ങണം അതുകൊണ്ട് ഡ്രൈവർ എന്ത് ചെയ്യണമെന്ന് അറിയോ ആ കാക്കി ഊരി മുണ്ട് ഊരിയിട്ട് വെറും ട്രൗസർ ഇട്ട് ഓടും അതെ പലപ്പോഴും ബസ് ആക്സിഡന്റ് ഉണ്ടാവുമ്പം വെറും ട്രൗസർ ഇട്ട് ഓടി നാളെ കണ്ടാൽ മനസ്സിലായിക്കോള ഡ്രൈവറാണ് അതെ എത്രയോ അനുഭവം അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് ആ മനസ്സ് അസ്മിൻ രണസമുദ്യമേ ഈ രണഭൂമിയിൽ ആരൊക്കെയാണ് പറയണു അസ്മിൻ രണസമുദ്യമേ യോദ്ധുകാമാൻ ഗംഭീരാണ് പ്രയോഗങ്ങൾ യോദ്ധു കാമാൻ യുദ്ധത്തെ ആഗ്രഹിച്ചുകൊണ്ട് യുദ്ധത്തിനായിട്ടുള്ള കാമനയോടുകൂടി യോദ്ധുകാമാൻ അവസ്ഥിതാൻ അണിനിരന്നു നിൽക്കുന്ന അവരങ്ങനെ നിൽക്കുകയാണുള്ളില് യുദ്ധം ചെയ്യാൻ കണക്കായിട്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ ഒരു ചെറിയൊരു ആക്സിഡന്റ് ചെറുതായിട്ടൊരു ആക്സിഡന്റ് ആയിരിക്കും ഒരു വണ്ടി വേറൊരു വണ്ടിയുടെ പറകിൽ തട്ടി ഈ സംഭവയെ കാണാത്ത ആളുകളും വന്ന അഭിപ്രായം പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ് ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളെവിടെയാണ് വീട് ഞാൻ കൊയിലാണ്ടിയ പിന്നെ നിങ്ങൾ എന്നെ പല അല്ല ഞാൻ പൊതുവെ വണ്ടിക്കാരൻ ഞാൻ കാണാറുണ്ട് അപ്പൊ ഒരിക്കൽ പോലും കാണാത്ത ആളോടും അയാൾ ഉടനെ അതിൽ ഇടപെട്ടു അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ ഒരു സിനിമാ സംവിധായകൻ അദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു സ്വാമി ഈ സിനിമയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും ഈ കാര്യം എന്നാലും അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു പോലീസ് ഓഫീസറെ അടിക്കുന്ന സമയത്ത് ഒരു മന്ത്രിയെ വെടിവെക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഈ പ്രേക്ഷകൻ ഈ സിനിമ ഏറ്റവും കൂടുതൽ ഓടുന്നത് എന്തുകൊണ്ടാണ് അവൻ ഇതൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പൊ അവന്റെ ആ വികാരത്തെ അവന് പുറത്തേക്ക് ഒഴുക്കാൻ പറ്റുന്നത് അവന്റെ ഇഷ്ടനടൻ ആ കൃത്യം നിർവഹിക്കുമ്പോഴാണ് യുദ്ധമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ തനിക്ക് ഒരു പോലീസ് ഓഫീസറെ നോക്കിയിട്ട് കയ്യൊന്നും ഇങ്ങനെ പൊക്കാൻ പറ്റില്ല അതുകൊണ്ട് തൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളിലൂടെ അതങ്ങോട്ട് നിർവഹിക്കുമ്പോൾ തനിക്ക് തൃപ്തിയായി ആ അതുകൊണ്ട് ആ തിയേറ്ററിൽ വിസിലടി കയ്യടിയൊക്കെ ഉണ്ടാവുന്നത് മന്ത്രിയോട് കുറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡോക്ടറോട് പറയുമ്പോൾ ജഡ്ജിനോട് പറയുമ്പോൾ അങ്ങനെ ഓരോരുത്തരോട് പറയുമ്പോൾ നമുക്കൊരു ഒരു തൃപ്തി ആവോ വെരി ഗുഡ് തന്റെ അപ്പൊ യുദ്ധം ചെയ്യണം തനിക്ക് അതിനുള്ള അവസരമില്ല ഇപ്പൊ യോദ്ധുഗാമാൻ അവസ്ഥിതാൻ ഈ യുദ്ധം ചെയ്യാൻ എല്ലാവരുടെ ഉള്ളിലും ആരുടെ ഉള്ളിലും ഇതില്ലാത്തതില്ല ഈ യുദ്ധത്തിന യുദ്ധത്തിനായിട്ടുള്ള ഈ കാമന ഈ ആഗ്രഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ അണിനിരന്നു നിൽക്കുന്ന ഏതാൻ ഏതാൻ എന്ന് പറഞ്ഞാൽ ഇവരെ അഹം നിരീക്ഷിയെ യാവത് ഞാൻ യാവത് അഹം ഞാൻ എത്ര നേരം ഇവരെ നിരീക്ഷിക്കുന്നുവോ മയ എന്തിനാണ് മയ എന്നാൽ കൈഹി സഹ ആരോടൊക്കെയാണ് ഞാൻ യോദ്ധും യുദ്ധം ചെയ്യേണ്ടത് ആരോടൊക്കെയാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത് ഇത് നമ്മൾ അറിയണം എന്നിട്ട് വേണം നമ്മൾ യുദ്ധം ചെയ്യാൻ ഇപ്പൊ നമുക്ക് അറിയില്ല ആരോടാ യുദ്ധം ചെയ്യേണ്ടതെന്ന് അതുകൊണ്ടാണ് ഈ അമ്മായി അമ്മയ്ക്ക് മരുമകളോട് നിരന്തരം യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ മരുമകൾക്ക് അമ്മായി അമ്മയോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് തിരിച്ചു മറിച്ച് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള യുദ്ധം കുട്ടികളും മക്കളും തമ്മിലുള്ള യുദ്ധം ഈ യുദ്ധം കൈഹി ആരോടാണ് മായ യോദ്ധവ്യം ഞാൻ യുദ്ധം ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റാൽ എനിക്ക് ആര് ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത് അപ്പൊ ഒരു യുദ്ധം ഞാൻ മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് പുറത്തിങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് യുദ്ധം ചെയ്യാനാ ഭഗവാൻ പറഞ്ഞത് അയ്യോ നമ്മൾ പറയുന്നു അയ്യോ അത് മഹാപാവല്ലേ സ്വാമി യുദ്ധം ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന യുദ്ധം ഭാര്യയോടും കുട്ടികളോടും അച്ഛനോടും അമ്മയോടും അത് പിന്നെ ഒരു കുടുംബമൊക്കെ ആയാൽ അങ്ങനെയൊക്കെ വേണ്ടേ വേണ്ട കുടുംബത്തിൽ അടിയുണ്ടാവണം എന്നാ പറഞ്ഞിരിക്കുന്നത് കുടുംബത്തിൽ അങ്ങനെ ഒരടിയും ഉണ്ട അത്ര സന്തോഷമായിട്ട് കഴിയാം അങ്ങനെയാണല്ലോ നമ്മൾ ആദ്യം കഴിഞ്ഞത് അതെ ഏതാദ്യം കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം അയ്യോ ആദ്യ ദിവസം അതായത് രണ്ടാമത്തെ ദിവസം അതായത് ആദ്യ ദിവസം കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രഭാതം എന്ന് വേണമെങ്കിൽ പറയാം അന്ന് കൊടുത്ത ചായയെക്കുറിച്ചുള്ള വർണ്ണനാണ് എന്ത് ഒരു വകയ്ക്ക് കൊള്ളില്ല അത് പക്ഷേ പറഞ്ഞതെന്തായിരുന്നു അന്ന് അന്ന് ഉണ്ടാക്കി രാവിലെ ഉണ്ടാക്കി കൊടുത്ത എന്തായിരുന്നു സത്യം പറഞ്ഞ ഉപമാവ വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അതിനെക്കുറിച്ചും എന്താ പറഞ്ഞത് എനിക്ക് വളരെ തൃപ്തിയായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് അല്ലേ എന്തൊരു ശ്രദ്ധയായിരുന്നു ഓഫീസിൽ പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാ പറഞ്ഞത് നോക്കൂ അത് ഇതാ ഇവിടെയാണ് കേട്ടോ ഇതാ ഈ സ്വിച്ച് ഇതാണേ ഇതേ നോക്കറയിൽ ഇപ്പോ തുറന്നിടരുതേ അവിടെ ആ നായ ഉണ്ട് മൂന്ന് നായ ഉണ്ട് നോക്കണം പിന്നെ ഗേറ്റ് എപ്പോഴും പൂട്ടിയിടണം എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം മടിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അയ്യയ്യോ അല്ലേ ഒരു നാല് മാസം കഴിഞ്ഞപ്പം അല്ലെങ്കിൽ ആദ്യത്തെ ഒന്നും വേണ്ട അമ്മമാരുടെ ആദ്യത്തെ കുട്ടി ആദ്യത്തെ കുട്ടി ജനിച്ചു ആ കുട്ടിയുടെ എന്താ പറയുക അതിനകത്ത് ശുശ്രൂഷ അതിനെ അത് അതിനെ കിടത്തുന്നതിന് മുമ്പ് ടെറ്റോളിട്ട് തുടച്ചു തുണിയിട്ട് തുടച്ചു അതിന്റെ തുണി അതിന്റെ കൂടിക്കുന്ന പാൽക്കുപ്പി ആയി അത് കഴുകി വീണ്ടും ഉണക്കി കഴുകി എന്തൊക്കെയാണ് അതിനു വേണ്ടിയിട്ട് പരിചരിച്ചത് രണ്ടാമത്തതായപ്പോ അതേ കുപ്പി തന്നെയാണ് അത്രയൊന്നുമില്ല പേരിനൊന്ന് കുലിക്ക് മൂന്നാമത്തതായപ്പോഴോ ആ കുപ്പി തന്നെയാണ് പട്ടിക്കുട്ടിയും കുടിക്കണത് ഈ കുട്ടിയും കുടിക്കുന്നത് അതൊക്കെ അതൊക്കെ അപ്പൊ ആദ്യത്തതിന് അങ്ങനെയായിരുന്നില്ല ആദ്യത്തത് സ്റ്റെറിലൈസ് ചെയ്തു അയ്യോ എവിടെ പോയി ആദ്യത്തെ ആ ഒരു ത്രില് ആദ്യം നമ്മൾ സംസാരിക്കുന്ന നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ധാരണ ആ ഒരു സന്തോഷം ആ ഒരു തൃപ്തി മൂന്ന് മാസം കൊണ്ട് നാല് മാസം കൊണ്ട് അതിപ്പം എന്തതിപ്പം അന്വേഷിക്കൂ ഉപനിഷത്തിലൊക്കെ ഋഷി തന്റെ ജീവിതം അവസാനം വരെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക എത്രയോ സ്വാമി എല്ലാവരും കാര്യം പറയുന്നില്ല നിങ്ങളൊക്കെ എത്രയോ പേരുണ്ടാവും വളരെ ധാരണയോടുകൂടി ഒരു ശണ്ടയും പറയാനുള്ളത് പറഞ്ഞ് പരസ്പര ധാരണയോടുകൂടി ഇല്ലേ ഇത് പലപ്പോഴും ഒരു ചായ പോലും ഉണ്ടാ പറയണം എന്നാലേ ഉണ്ടാക്കൂ അങ്ങോട്ട് പറഞ്ഞൂടെ എന്നാണ് ആദ്യം അങ്ങനെയൊന്നുമില്ല ആദ്യം നോക്കിയാൽ കൊണ്ട് കൊടുക്കുവായിരുന്നു ഇപ്പൊ നോക്കിയിട്ടും കൊടുക്കുന്നു യുദ്ധം ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം വ്യാസം പറയും ആരോടാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത് അവരെയൊക്കെ എനിക്ക് കാണണം ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അർജുനനെ ചരിത്ര എടുത്തുകൊണ്ട് ഈ അർജുനൻ ഇവരെയൊക്കെ ഒന്ന് കാണണം എന്ന് പറയുമ്പം ഒന്നുകിൽ അർജുനൻ ഇപ്പം നിൽക്കുന്നത് വളരെ ഹൈറ്റ് കുറഞ്ഞ എവിടെയോ ൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഭഗവാൻ ഒരു കാര്യം ചെയ്യും കുറച്ച് മുകളിലേക്ക് എവിടെയെങ്കിലൊന്ന് നിർത്തു ഇനി പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇതിൽ എന്നോട് യുദ്ധം ചെയ്യാൻ അർജുനന് ചരിത്രപര അതായത് ഭൂമിശാസ്ത്രപരമായിട്ട് നന്നായിട്ട് അറിവുള്ള ആളാണ് എവിടെയൊക്കെ ഏതൊക്കെ യോദ്ധാക്കളുണ്ട് എന്നും എത്ര രാജ്യമുണ്ട് എന്നും എത്ര രാജ്യത്തിലുള്ള ആരൊക്കെ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നുവെന്നും ആരൊക്കെയാണ് അവിടെ ഉള്ളത് എന്നും യുദ്ധത്തിന് വളരെ മുൻപേ അർജുനൻ അറിയാം മഹാഭാരതം വായിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അർജുനൻ ഭഗവാനോട് ചോദിക്കണു ഞാൻ ആരോടൊക്കെയാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത് അവരെയൊക്കെ ഒന്ന് അവരെയെല്ലാം ഞാനൊന്ന് നോക്കിക്കാണട്ടെ എന്ന് അർജുനൻ പറയുന്ന സമയത്ത് ആ ചോദ്യം വേറെ ഏതോ ഒരു തലത്തിലേക്കുള്ളതല്ലേ അല്ലേ പറയാ ഇപ്പൊ ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യ ആരോടൊക്കെയാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത് യോദ്ധു കാമാൻ യുദ്ധത്തിനുള്ള ആഗ്രഹങ്ങളുമായി നിൽക്കുന്ന ആരൊക്കെയാണ് ഉള്ളത് തുടർന്ന് പറയും യുദ്ധേ പ്രിചിഗീർവ യോസ്യമാന അപേക്ഷേ അഹം യത്ര സമാഗതരാഷ്ട്ര ദുർബുദ്ധേ യുദ്ധേ പ്രിചിഗീർഷവ ദുർബുദ്ധേ ദുർബുദ്ധിയാർത്തരാഷ്ട്ര ദുര്യോധനൻ ദുർബുദ്ധിയുര്യോധനൻ അപ്പൊ ദുർബുദ്ധി തന്നെയാണ് പ്രയോഗം തന്നെ അവിടെ ദുർബുദ്ധേഹേ ധാർത്തരാഷ്ട്രസ്യ യുദ്ധേ പ്രിയ ചികീർഷവഹ യുദ്ധത്തിന് പ്രിയം ചെയ്യാൻ ഈ ധൃതരാഷ്ട്രപുത്രന് യുദ്ധത്തിന് പ്രേരണ നൽകുന്നവൻ പ്രേരണ നൽകാൻ ഏതെ ആരൊക്കെയാണോ അവർ അത്ര സമാഗതാഹ ഇവിടെ വന്നിരിക്കുന്നത് യോത്സ്യമാനാൻ യുദ്ധം ആഗ്രഹിക്കുന്ന അവരെയും അഹം അപേക്ഷ ഞാൻ കാണട്ടെ ഇത് ചോദ്യം വളരെ മനഃശാസ്ത്രമാണ് എന്താണ് ഇതിലെ മനഃശാസ്ത്രം പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറുള്ളതാ വളരെ ലളിതമാണ് ചോദ്യം ഇപ്പൊ ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ നാം ആ കഥാപാത്രത്തെ തത്വവിചാരത്തിന് വിധേയമാക്കിയ സമയത്ത് ദുഷിച്ച ധനത്തോടുകൂടിയവനെന്നും ധനത്തെ ദുർവ്യയോഗം ചെയ്യുന്നവനെന്നും കണ്ടു സാധാരണ അമ്മമാര് പറഞ്ഞു കേട്ടിട്ടുള്ള കേൾക്കാറുള്ള ഒരു കാര്യം അവരിതാണ് പറയാറ് സ്വാമി എനിക്ക് എത്ര കിട്ടിയാലും എന്റെ കയ്യിൽ നിൽക്കില്ല കാശം എന്റെ ഓട്ടക്കയ്യാണ് അവര് പറയുന്നത് അവര് കണ്ടെത്തിയതാണ് ഇതാ കണ്ടോ എന്റെ കയ്യിലൊക്കെ ഓട്ടെ ഓട്ടെ അതുകൊണ്ട് എല്ലാം ഒന്നാം തീയതി ശമ്പളം മേടിച്ചു കഴിഞ്ഞാൽ പത്താം തീയതി ആവുമ്പോഴേക്കും എതിലെ പോയി എന്ന് അറിയില്ല നാം തന്നെ നമ്മെ നമ്മെക്കുറിച്ച് ഓർക്കാറുണ്ട് നമ്മുടെ കാശ് എങ്ങനെ പോയി എന്ന് അല്ലേ ഏതിലെയൊക്കെയാണ് ഞാൻ ചെലവാക്കിയത് ഇനി തെറ്റായിട്ടുള്ള ഓരോ ശാസനകള് ചിലപ്പോൾ ഞാൻ അച്ഛനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല പക്ഷേ അറിയാതെ പറഞ്ഞു പോണു എന്താണെന്നറിയില്ല എന്ന് പറയുന്ന സമയത്ത് ഒക്കെ ചോദ്യം ഇതാണ് അതായത് എനിക്കിങ്ങനെ ഉണ്ട എനിക്കിങ്ങനെ ഓരോന്ന് പറയാൻ ഓരോന്ന് പ്രവർത്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ആരാണ് മനസ്സിലാവുന്നില്ല എനിക്ക് കാരണം ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എനിക്കതിൽ വിഷമമുണ്ട് ഇതിനെ അർജുൻ മൂന്നാം അധ്യായത്തിൽ വളരെ ഗംഭീരമായിട്ട് ചോദിക്കുന്നുണ്ട് ഗംഭീരമായിട്ടാ ചോദ്യം അത കേനപ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ചഭിവാഷ്ണേയോജിത ഭഗവാന് കേനപ്രയുക്തോയം ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് പാപം ചരതി പൂരുഷ പുരുഷൻ എല്ലാവരും സ്ത്രീകൾ ഇല്ലാന്നല്ല എല്ലാവരും പാപം ചരതി കേനപ്രയുക്തോയം ആരാൽ പ്രേരിതമായിട്ട് അത കേനപ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ചൻ അഭി ആഗ്രഹിച്ചിട്ടല്ല എങ്കിൽ പോലും ബലാതിവ ആരോ ബലമായിട്ട് ചെയ്യിപ്പിക്കുന്നു ആരാണ് ഭഗവാനെ അത് ആരാണ് അതിന്റെ പിറകിൽ ഇന്ദ്രിയതലത്തിൽ നിന്ന് മനസ്സിലാക്കുക ഇന്ദ്രിയങ്ങളെ പ്രചോദിപ്പിക്കുന്ന ിയങ്ങളോട് ഇത് ചെയ്യൂ എന്ന് പറയുന്നവൻ ആരാണ് അതിന്റെ പിറകിൽ ആരൊക്കെയുണ്ട് ശരിക്കും ശരീരശാസ്ത്രത്തിലേക്ക് അർജുനൻ നമ്മെ അല്ലെങ്കിൽ വ്യാസഭഗവാൻ നമ്മെ ആഴ്ത്തിറക്കി ആഴ് ആഴ്ന്നിറക്കി കൊണ്ടുപോവുക ഇവിടെ പറയട്ടെ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ കടോപനിഷത്തിലെ എന്താ രഥകൽപ്പനയുടെ അവസാനത്തെ രണ്ട് ശ്ലോകങ്ങൾ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യ് പരം മനസസ്തു പരാബുദ്ധിഹി ബുദ്ധേരാത്മാൻ മഹാൻ പര മഹത പരമവ്യക്തം അവ്യക്ത പുരുഷപ്പര പുരുഷാന്ന പരം ഗിഞ്ച് സാ കാഷ്ട പരാഗതി ഇന്ദ്രിയവ്യ പരം മനഃ ഇന്ദ്രിയങ്ങൾ കപ്പുറത്താണ് മനസ്സ് മനസ്സസ്തു പരാബുദ്ധി മനസ്സിനെയും കടന്നു നിൽക്കുന്നു ബുദ്ധി ഈ പ്രവർത്തനങ്ങൾ എവിടെന്നാ വരുന്നത് ആരൊക്കെയാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ കരചരണങ്ങളുടെ പ്രവർത്തനം പലപ്പോഴും ബോധപൂർവമല്ല അബോധപൂർവമാണ് യാന്ത്രികമായിട്ടാണ് നാം പലതും ചെയ്യുന്നത് യാന്ത്രികമായിട്ട് അങ്ങനെ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നു ഒന്നിനും വേണ്ടത്ര ഒരു വേണ്ടത്രേ ഒരു അൽപ്പം പോലും പൂർണ്ണതയുണ്ടാവില്ലേ അതുകൊണ്ട് ചിലർ രാവിലെ നടക്കുന്നു എങ്ങോട്ടാ എവിടെയോ എത്തിയപ്പോഴാണ് ഓ ഞാന് ഓ എന്നിടത്തേക്കായിരുന്നല്ലോ അയ്യോ മറന്നുപോയി വീണ്ടും തിരിച്ചു നടക്കുന്നു ഇറങ്ങി നടക്കാൻ ഇറങ്ങിയതാണ് അല്ലെങ്കിൽ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് എടുത്തിങ്ങോട്ട് വന്നു വേറെന്തോ ചെയ്തു പോയി ഇന്ദ്രിയങ്ങൾ ശരിക്കും അങ്ങോട്ട് ഇന്ദ്രിയവും മനസ്സുമായിട്ടുള്ള കോർഡിനേഷൻ പലപ്പോഴും പല സമയത്തിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ യുദ്ധത്തിന് പ്രേരണയായിട്ട് നിൽക്കുന്ന ചിത്തവൃത്തികൾ ഇതിൻ്റെ അടിയിലേക്കാണ് ചോദ്യം ഇന്ദ്രിയങ്ങളല്ല ഇന്ദ്രിയങ്ങൾ നിരപരാധികളാണ് സത്യം പറഞ്ഞ ഇന്ദ്രിയങ്ങൾ നിരപരാധികളാണ് ആ നിരപരാധികളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ദുര്യോധന പ്രിയം ചെയ്യുന്ന ഇപ്പം നമ്മൾ പറയില്ലേ ഇപ്പം ഒരാൾ നമുക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പൊ നമ്മൾ പറയും ഇത് അയാള് ആണ് എന്ന് എനിക്ക് തോന്നില്ല ഇതാരോ അയാളെ കൊണ്ട് ഇതിൻ്റെ പിറകിൽ ആരോ കളിക്കുന്നുണ്ട് ആരോണ്ട് കളി അർജുനന്റെ ചോദ്യം ഇതാണ് നമ്മുടെ പിറകിൽ ആരാണ് ആരാണ് ഈ കളി കളിക്കുന്നത് അപ്പൊ യോദ്ധു യോത്സ്യമാനാൻ ഇങ്ങനെ ചെയ്യി യുദ്ധം ചെയ്യിക്കാൻ ആർക്ക് പ്രിയജിഗീർഷവഹ യുദ്ധേ യുദ്ധത്തിന് പ്രിയം ചെയ്യാൻ പോകുന്ന ചില ചിത്തവൃത്തികളും കൂടെ അതിന്റെ അടിയിലുള്ള ചിത്തവൃത്തികളെയൊക്കെ ഞാനൊന്ന് കാണട്ടെ ഭഗവാൻ എന്താണ് അർജുനോട് പറയാൻ പോണോ അർജുനോ അർജുനൻ ഭഗവാനോട് പറയാണ് ഭഗവാൻ ഇവരെയൊക്കെ ഒന്ന് ഞാൻ കാണട്ടെ തുടർന്ന് ഭഗവാൻ എന്ത് പറയാൻ പോണു നോക്കാം സഞ്ജയ ഉച്ച സഞ്ജയൻ വീണ്ടും മറുപടി പറയുന്നുേശു ഭാരത പ്രയോഗം ഗുഡാകേശന ോ ഉഭയോ മധ്യേ സ്ഥാ രഥോത്തമം എന്ന്ലോകം കൂടെ ഭീഷ്മദ്രോണ പ്രമുഖ മഹീക്ഷിത ഉവാച പാർ പശ്യേതാ സമവേതാ കൂരുനി ഭീഷ്മദ്രോണപ്രമുഖത സർവേഷം ച മഹീഷിതാൻ ഉവാച പാർത്ഥപശേതാൻ സമവേതാൻ കുറൂൻ ഇതി അപ്പൊ പറയുക അല്ലയോ ഹേ ഭാരത ഭാരത എന്ന വിളി വളരെ എന്താ അന്വർത്ഥമായിട്ടുള്ളതാണ് ധൃതരാഷ്ട്ര മഹാരാജാവിനെ സഞ്ജയൻ വിളിക്കുന്നതാണ് ഭാരത എന്ന് പറഞ്ഞാൽ ഭാ ഭാസയതി ഇതി ഭ അറിവ് രഥ അതിൽ രതി കൊള്ളേണ്ടവൻ രമിക്കേണ്ടവൻ അറിവിൽ ആനന്ദം കൊള്ളേണ്ടുന്ന അല്ലയോ ധൃതരാഷ്ട്രരെ അറിവില്ലാതെ അങ്ങനെ ഇരുന്നതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് ഇതറിയൂ എന്ന് ഈ സത്യം അറിഞ്ഞാലും അടുത്ത പ്രയോഗം ഗുഡാകേശേന അർജുനന് ഗുഡാകം നിദ്ര ഈശൻ അതിനെ ജയിച്ചവൻ നിദ്രയെ ജയിച്ചവൻ അപ്പൊ ഇവിടെ എവിടെയാണോ വ്യാസഭഗവാൻ അർജുനനെ കവിധ്വജൻ എന്ന് പറഞ്ഞത് ആ ചാഞ്ചല്യം വിട്ടു അർജുനന് അർജുനനിൽ നിന്ന് ഇപ്പൊ അർജുനൻ നിദ്രയെ ജയിച്ചവനായി ഈ ചോദ്യം ചോദിച്ചതിലൂടെ അങ്ങനെ ഗുഡാകേശനാൽ ചോദിക്കപ്പെട്ട അജ്ഞാനം നീങ്ങുകയാണ് അർജുനന്റെ ആ അജ്ഞാനം നീങ്ങിയ അർജുനൻ അതായത് അതിലെ ശരിയായിട്ടുള്ളൊരു സാധക ഭാവം അർജുനനിൽ ഇപ്പൊ ഉണ്ട് ഈ വിളിയിൽ തന്നെ അതാണ് കാര്യം അല്ലെങ്കിൽ അർജുന ഇങ്ങനത്തെ ഒരു പേര് വ്യാസന് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല പേരുകളൊക്കെ വളരെ സന്ദർഭോചിതമായിട്ടാണ് അപ്പൊ ഗുഡാകേശേന അർജുനനാൽ ഏവം ഉക്ത ഇപ്രകാരം പറയപ്പെട്ട ഋഷികേശ ഭഗവാൻ ഋഷികങ്ങളുടെ ഈശനായിട്ടുള്ള ഭഗവാൻ ഉഭയോഹോ സേനയോഹോ മധ്യേ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലായിട്ട് എന്ത് ചെയ്തു ആരൊക്കെയാണത് ഭീഷ്മ ദ്രോണ പ്രമുഖത ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് കൊണ്ടുപോയി നിർത്തേണ്ടത് ഭീഷ്മരുടെയും ദ്രോണരുടെയും അതിൻ്റെ മധ്യത്തിൽ കൊണ്ടുപോയിട്ട് സർവേഷാം മഹീക്ഷിത എല്ലാ രാജാക്കന്മാരുടെയും മുൻപിലായിട്ട് മറ്റുള്ളവരുടെയും മുൻപിലായിട്ട് രഥോത്തമം സ്ഥാപയിത്തുക ഉത്തമമായിട്ടുള്ള രഥത്തെ സ്ഥാപിച്ചു കൊടുത്തു എന്നിട്ടോ ഇതി ഉവാച കാരം ഭഗവാൻ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു എന്താണോ അർജുനൻ ആവശ്യപ്പെട്ടത് അർജുനൻ ആവശ്യപ്പെട്ടു ഇരു ചിത്ത അതായത് ആരോടൊക്കെയാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത് അവരെയൊക്കെ ഞാൻ കാണട്ടെ അതിനായിക്കൊണ്ട് എന്റെ സൈന്യത്തെ ഇരു സൈന്യങ്ങളുടെയും എന്റെ രഥത്തെ ഇരു സൈന്യങ്ങളുടെയും മദ്യത്തിലായിട്ട് നിർത്തിയാൽ ഭഗവാൻ അതുപോലെ തന്നെ ചെയ്തു അർജുനൻ ഭഗവാനോട് ആരോടൊക്കെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് മാത്രമല്ല അർജുനൻ ചോദിക്കണോ ധൃതരാഷ്ട്ര പ്രിയം ചെയ്യാൻ യുദ്ധത്തിന് പ്രിയം ചെയ്യുന്നവരായിട്ട് യോദ്ധുകാമാൻ ആരൊക്കെയാണ് തത്വവിചാരത്തിലൂടെ നാം കണ്ടു ഓരോ ചിത്തവൃത്തികൾക്ക് പിറകിലും എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്ന എന്റെ ഇന്ദ്രിയങ്ങൾക്ക് പിറകിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ സത്മാർഗത്തിലേക്കോ ദുർമാർഗത്തിലേക്കോ മാർഗം ഏതോ ആവട്ടെ ഇവിടെ യുദ്ധമാണ് അതിലേക്ക് പ്രേരിപ്പിക്കുന്നത് ആരാണ് അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് പിറകിൽ ആരാണ് ഇതാണ് അതുകൊണ്ടാണ് ഉപനിഷത്തില് രഥകൽപ്പനയിൽ ഈ രഥകൽപ്പന ആരോ പറഞ്ഞു സ്വാമി ഒന്ന് ചൊല്ലിത്തരണമെന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കൂ സ്വാമി ഒന്ന് വേഗത്തിൽ ചൊല്ലിത്തരാം ആത്മാനം വിദ്ധി ശരീരം രഥമേവ ബുദ്ധിം തുസാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച്ച് കുറച്ചുകൂടെത്തിലാവാൻ തോന്നുന്നുണ്ട് ഇന്ദ്രി ഹയാഹു വിഷയാംസ്ത ഗോചരാൻ ആത്മേന്ദ്രിയനോയുക്ത ഭോക്തേത്യാഹുഷിണ യസ് അവിനവാൻ അയുക്ത മനസാ സദ തിണ്യവശ്യ ദുഷ്ടാശ്വാ ഇവ സാര വിജ്ഞാനവാൻ യുക്ത മനസാ സദ്രി വശ്യ സദശ്വാ ഇവ സാര യ അവിനവാൻ അമനസ്കാശു നോതിപദമാ സംസാരം ചാധിഗതിവാൻ സമനസ്കാശുജി സതു തത്പദമാതിസ്മാൂയോ ജാ വിജ്ഞാനിരയസ്തു മനഃ പ്രഗ്രഹവാന്നര സോധന പാരോതി തദ്ു പരമം പദം ഇന്ദ്രിഭ്യർ അത്തെഭ്യശ് പരം മനഃ മനസസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പര മഹത പരമ്യത അതപുരുഷ പര പുരുഷാത്മപരം കിഞ്ചിത് സാ കാഷ്ട സാഗതി സാഷ്ടാഗതി ഇതാണ് പരമമായ ഗതി ആത്യന്തികമായിട്ടുള്ള ഗതി ഇതിനപ്പുറത്തേക്ക് വേറൊരു ഗതിയില്ല വേറൊരു ഗതിയെ കുറിച്ചാണ് ഈ ഗതി അറിഞ്ഞിട്ടില്ലെങ്കിൽ അതോ ഗതി ഇതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് പിറകില് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക ഇന്ദ്രിയേബ്യ പരം മനഃ മനസസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഹ മഹത പരം അവ്യക്തം അവ്യക്താത് പരപുരുഷ പുരുഷാന്ന പരം കിഞ്ചിത് സാഷ്ടാ സരാഗതി അപ്പൊ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് അർത്ഥങ്ങൾ ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കുന്ന മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ആ അതിനേക്കാൾ ശ്രേഷ്ഠം ഇങ്ങോട്ടേക്ക് എടുക്കുക എങ്ങനെയാണ് ലോകത്തിൽ നിന്ന് നാം നമ്മുടെ ഉള്ളിലേക്ക് സ്വരൂപത്തിലേക്ക് പോകുന്നത് അപ്പൊ നിങ്ങൾ ഒരു വൃത്തം വരച്ചിട്ട് ഒരു വൃത്തത്തെ സങ്കൽപ്പിക്കുക ആ വൃത്തത്തിന് നമുക്ക് ലോകം എന്ന് പേര് കൊടുക്കാം എന്താണ് ആ വൃത്തം പഞ്ചമഹാഭൂതങ്ങളാൽ അഞ്ച് അനുഭവങ്ങളാണ് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം അതിൻ്റെ ഉള്ളിൽ വേറൊരു വൃത്തം വരച്ചിട്ട് നമുക്കതിന് മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്ന് പേര് കൊടുക്കാം അപ്പൊ ഈ ഇന്ദ്രിയങ്ങളാണ് വിഷയങ്ങളെ അനുഭവിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു വൃത്തം വരച്ചിട്ട് നമുക്ക് മനസ്സ് എന്ന് പേര് കൊടുക്കാം ഉള്ളിലേക്ക് പോവുകയാണ് പിറകിലേക്ക് വരികയാണ് അർജുനൻ ചോദിക്കുന്നുണ്ട് ആരാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് അപ്പൊ ഒരു ശബ്ദം കേട്ടു നമ്മൾ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പത്രം വായിക്കുന്ന സമയത്ത് ഒരു ശബ്ദം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ആൾതാമസമില്ലാത്ത ഒരു പറമ്പാണ് ആൾതാമസം എന്ന് പറഞ്ഞാൽ അവിടെ വീട് പോലുമില്ല ഒരു പറമ്പ് കുറച്ച് തെങ്ങുണ്ട് അപ്പോഴാണ് ഒരുട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം നമുക്കറിയാം നാളികേരം വീണതാണ് ആ ശബ്ദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഓ നാളികരാണ് അപ്പൊ അതിന്റെ ഉടമസ്ഥൻ ഇവിടെയല്ല കൽക്കട്ടയിൽ അപ്പൊ ധൈര്യമായിട്ട് നമ്മൾ അവിടേക്ക് പോയി ഈ സാധനം എടുത്തുകൊണ്ടിരുന്നു അറിയാം അപ്പൊ ഈ ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ട ഉടനെ നമ്മുടെ ഉള്ളിൽ എന്താണ് നടന്നത് നമ്മളോട് പറഞ്ഞു നാളികേരാണ് വേഗം ചെന്നോ അല്ലെങ്കിൽ അപ്പുറത്തെ ആളിൽ ചാടിയെടുക്കും കാരണം എല്ലാവർക്കും അവകാശമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്പൊ ഈ ഇന്ദ്രിയങ്ങൾ വേഗത്തിൽ പോവുക ഈ രഥം അവിടെ എത്തുകയായി അതെടുക്കുകയായി വരിക അപ്പൊ ഇതിന്റെ പിറകിൽ നടന്ന പ്രവർത്തനം അപ്പൊ ഇവിടെ പറയുന്നു ഇന്ദ്രിയങ്ങളേക്കാൾ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളെയാണ് പറയുന്നത് അതിനേക്കാൾ പരം മനഃഹ മനസസ്തു പരാബുദ്ധി മനസ്സിന് ചിലപ്പം ചില ശബ്ദം കേട്ടു വീട്ടിൽ നിന്ന് തന്നെ ചില സമയത്ത് ഒരു പരിചയമില്ലാത്ത ഒരു ശബ്ദം കേട്ടു എന്താ ഇത് സീറോ വോൾട്ടിന്റെ ബൾബ് വീണ് സ്ഥിരമായിട്ട് അങ്ങനെ സംഭവിക്കാറില്ല അപ്പൊ ഒരു പ്രത്യേക ശബ്ദം ഏ അത് ബൾബ് വീണ് ആ അപ്പൊ മനസ്സിലായി ഓ ഇന്നതാണ് അപ്പൊ മനസ്സ് ശബ്ദം കാത് കേട്ടു മനസ്സിലാവുന്നില്ല എന്തോ കേട്ടുവല്ലോ മനസ്സിലായില്ലോ അപ്പൊ ആരോ പറഞ്ഞു ഓ ഇതാണ് ഓ ഓ ശരി വീണ്ടും അവിടെ ഇട്ട് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞ് വീഴുമ്പോൾ വേഗം മനസ്സിലാവും ഓ അതിനെന്തോ കുഴപ്പമുണ്ട് അത് മാറ്റണം പെട്ടെന്ന് ബുദ്ധി മനസ്സിനേക്കാൾ മനസ്സിന് അപ്പുറം നിൽക്കുന്നു ബുദ്ധി എന്ന് പറയാ മനസ്സസ്തു പരാ ബുദ്ധിഹി ബുദ്ധേഹേ ആത്മാ മഹാൻ പരഹ ഇവിടെ കഠോപനിഷത്തില് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയുന്നു വീണ്ടും പറയണു മഹത പരം അവ്യക്തം അവ്യക്താത് പരപുരുഷ പുരുഷ അന്ന് പരം ഗിഞ്ചിത് സാഷ്ട സാ പരാഗതി ഇവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് എന്തൊക്കെയാണ് ഇപ്പം ഉപനിഷത്ത് നമ്മുടെ മനസ്സിനെ കീറി മുറിച്ച് പറയുമ്പോ വളരെ ധ്യാനത്തിൽ എങ്ങനെയാണ് ധ്യാന ഭൂമികയിലേക്ക് എന്താ പറയാ ആ ഭൂമി ആ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു സാധകന് എന്തൊക്കെ നേരിടേണ്ടതുണ്ട് അതിനെയാണ് ഇവിടെ പറയുന്നത് ആ പ്രപഞ്ചത്തിൽ നിന്ന് ആ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്കും ഇന്ദ്രിയ പ്രപഞ്ചാവബോധം ഇന്ദ്രിയ അവബോധം അല്ലെങ്കിൽ ശരീര അവബോധം തുടർന്ന് മനസ്സിലേക്ക് മനസ്സിൽ നിന്ന് പ്രാണനിലേക്ക് ഇങ്ങനെ അതിന്റെ ഗതി വരും ആ സമയത്ത് ഇവിടെ പറയുന്നു മനഹ മനഹ് മനസഹ ുദ്ധി ബുദ്ധിക്കപ്പുറത്ത് ഇവിടെ പറയുന്നത് എന്താ മഹാനാത്മ മഹാനാത്മ എന്നുള്ളതിനെ നമുക്ക് പ്രാണനെന്ന് വിളിക്കാം എന്ന് പറയാം അപ്പൊ പ്രാണനും മനസ്സും അങ്ങേയറ്റം ചേർന്നതാണ് നമ്മൾ വിചാരിക്കും ഇതൊക്കെ വേറെ വേറെയാണ് അതുകൊണ്ടാണ് ഈ ശാന്തമായ മനസ്സിൽ പ്രാണന്റെ ഗതിവേഗം ശാന്തമായിരിക്കും ഒരാൾ ഇരിക്കുന്ന സമയത്ത് വേറൊരാളുമായി വേറെ ഒരു അദ്ദേഹത്തിന് മനസ്സിന് പൊരുത്തമില്ലാത്ത ഒരാളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇയാൾക്ക് എതയ്ക്കാൻ തുടങ്ങും അതുകൊണ്ട് ഭാര്യ വന്ന് പുറം ഒഴിഞ്ഞിട്ട് പറയും നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ നിങ്ങൾ അല്ലെ അച്ഛനും തന്നെ സംസാരിക്കുമ്പോൾ അമ്മ എന്നിട്ട് പറയും മോനെ നീ അപ്പുറത്ത് പോകും അച്ഛനൊക്കെ എതയ്ക്കാൻ തുടങ്ങി കാരണം നൂറ് കിലോമീറ്റർ ഓടിയതുപോലെയാണ് അച്ഛൻ ഇങ്ങനെ കെതയ്ക്കും എന്താ സംഘർഷം സംഘർഷം മനസ്സ് അസ്വസ്ഥമാകുന്ന സമയത്ത് പ്രാണന്റെ ഗതിവേഗം കൂടുന്നു മനസ്സും പ്രാണനും അങ്ങേയറ്റം ബന്ധപ്പെട്ടതാണെന്ന് പറയാം അപ്പൊ അതിന്റെ പിറയിലേക്ക് പോയി പോയി കഴിഞ്ഞാല് പ്രാണൻ ഇനി മഹത പരം ആ പ്രാണനപ്പുറത്താണ് അവ്യക്തം അവ്യക്തം എന്ന് പറഞ്ഞാൽ നവ്യക്തം ഒരു ഒന്നുമല്ലാത്ത ഒരു വ്യക് ഒന്നും ഈ ഒന്നുമല്ലാത്ത അവസ്ഥയൊക്കെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഓ ഇതാണ് സമാധി എന്ന് അതുകൊണ്ടാണ് ബുദ്ധൻ ഇതിനെ ബുദ്ധനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയിരിക്കും സത്യം എന്ന് അപ്പൊ അദ്ദേഹം ഒന്നും ഇണ്ടിയില്ല അപ്പം ആളുകൾ ആരൊക്കെയോ വ്യാഖ്യാനിച്ചു ശൂന്യമാണ് അങ്ങനെയാണ് ഈ ശൂന്യവാദമൊക്കെ ഉണ്ടായത് അവ്യക്തം ഒന്നുമില്ലായ്മ ഒന്നുമില്ലായ്മ എന്നത് ഒരു ഉണ്മയാണ് ഒന്നുമില്ല എന്നുള്ളതിനെ അതറിവാണ് അതിനെ അറിയണം അതിന്റെ അപ്പുറത്തേക്ക് പോണമെന്നാണ് അവ്യക്താത് പര പുരുഷ അതിനപ്പുറത്താണ് പുരുഷൻ പുരുഷൻ എന്ന് പറഞ്ഞാൽ വിരാട് പൂർണ്ണൻ നിറഞ്ഞു നിൽക്കുന്നവൻ അവിടെ എത്തണം അതിനപ്പുറത്ത് നഗഞ്ചിത് അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല അതിലെത്തലാണ് അതിനെയാണ് പരാഗതി എന്ന് പറയുന്നത് എല്ലാ അനുഭവങ്ങളുടെയും അവസാനം ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഇതിനെയാണ് അർജുനൻ ശരിക്കും പറഞ്ഞാൽ ചോദിച്ചത് നിങ്ങളെ ആദ്യം എന്തിനായി ഇത് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ അർജുനന്റെ ഒരു എന്താ ഒരു ലക്ഷണം ഇവിടെ വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് സ്വാമി ഒന്ന് ഒരു വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോകും വേറൊരു വഴി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വഴി വിട്ട് നടക്കാം എന്ന് പറയാം നോക്കാം കുഴപ്പമൊന്നും സംഭവിക്കില്ല പേടിക്കേണ്ട അർജുനൻ ചോദിക്കുന്നത് അങ്ങനെയാണ് അർജുനന്റെ ചോദ്യം ഭഗവാനോടാണ് ചോദിച്ചത് സാമാന്യമായിട്ട് അർജുനൻ ചോദിക്കുകയാണ് ആരോടൊക്കെയാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു കണ്ണ് കാണാത്തൊരാളായിരിക്കണം എന്നിട്ട് ഭഗവാന്റെ കൈ പിടിച്ചിട്ട് ഭഗവാനെ ആരൊക്കെ ഉണ്ട് ആരൊക്കെയാണ് യുദ്ധം കണ്ണു കാണാത്ത ഒരു കുരുടനാണെങ്കിൽ ശരി ഞാൻ ഏത് വഴിക്കാൻ നടക്കേണ്ടത് അല്ലെങ്കിൽ എനിക്ക് ഒരു പരിചയവും ഇല്ല ഒരു പുതിയ ഒരു പോർക്കളമാണ് യുദ്ധഭൂമിയാണ് അതിൽ പുതിയ പുതിയ ആളുകളൊക്കെയാണ് അപ്പൊ ഏതൊക്കെ രാജ്യത്തുനിന്ന് വന്നവരാണ് ഇവർ അവരൊന്നും എനിക്ക് ഒരു പരിചയവും ഇല്ല അതുകൊണ്ട് ഞാനൊന്ന് കാണട്ടെ അങ്ങനെ പറയാൻ പറ്റുമോ അതുമില്ല അർജുനൻ ഒരുമിച്ച് അർജുനന്റെ കൂടെ പലപ്പോഴായിട്ട് അന്തി ഉറങ്ങിയവരും കളിച്ചവരും ഒക്കെ തന്നെയാണ് അപ്പൊ അർജുനന്റെ ചോദ്യം അതിൽ നിന്ന് ഭിന്നമാണ് ഇത് നമ്മുടെ ആന്തരിക ഭൂമിയിലേക്കുള്ളതാണ് അവിടേക്കാണ് ചോദ്യം എന്നാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാൻ പറഞ്ഞു എന്താ പറയുന്നത് ഈ ഭീഷ്മദ്രോണ പ്രമുഖതഹ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് ഇരുപത്തഞ്ചാമത്തെ ശ്ലോകം ഭീഷ്മദ്രോണ പ്രമുഖതഹ പ്രമുഖന്മാർ ഒരാൾക്ക് ജയിക്കേണ്ട ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങളാണ് യുദ്ധത്തിൽ ഭീഷ്മരെയും ദ്രോണരെയും ഭീഷ്മർ നാം കണ്ടു ഭയത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതുപോലെ തന്നെ ദ്രോണർ ദ്വൈത ആചരണത്തെ വിദ്വേഷത്തെ ഇത്യാദി കാര്യങ്ങളെയൊക്കെ ഇതിനെയാണ് ജയിക്കേണ്ടത് എന്ന് പറയാം ആ പ്രമുഖന്മാരുടെ നടുക്ക് തന്നെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഭഗവാൻ ഇതി ഉച ഇപ്രകാരം പറഞ്ഞു എന്താ പറഞ്ഞത് ഒരവാക്യം അർദ്ധശ്ലോകം ആരിലൂടെ സഞ്ജയനിലൂടെ ഒന്നാം അധ്യായത്തിൽ ഭഗവാൻ ഇത്രയേ പറയുന്നുള്ളൂ പറഞ്ഞു ഹേ പാർത്ഥ അല്ലയോ അർജുന സമവേദാൻ ഏതാൻ കുരൂൻ പശ്യ ഇതാ ഈ അണിനിരന്ന് നിൽക്കുന്ന വന്നു ചേർന്ന് നിൽക്കുന്ന കുരൂൻ ഭഗവാൻ വളരെ കയമായിട്ടാ പ്രയോഗിച്ച് കുരൂൻ പശ്യ ഈ കുരുക്കളെ ും കുരൂൻ ഭഗവാൻ വളരെ കയമായിട്ടാ പ്രയോഗിച്ച് കുരൂൻ പശ്യ ഈ കുരുക്കളെ കണ്ടാറ്റും കുരു കൃഞ്ഞ് ധാതുവിൽ നിന്നാണ് കുരു എന്ന് പറഞ്ഞാൽ ചെയ്യുക ഭഗവാൻ പറയണു അർജുനനോട് അർജുന നീ ചോദിച്ചുവല്ലോ ആരൊക്കെയാ ആര് ആര് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇവന് പ്രിയം ചെയ്യുന്നവരെന്ന് ചുരുക്കി പറഞ്ഞ ചോദ്യം ഇതാണ് എല്ലാറ്റിന്റെയും പിറകിൽ എല്ലാറ്റിന്റെയും പിറകിൽ എല്ലാ കർമ്മങ്ങൾക്കും പ്രചോദനമേകിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളെയും പ്രചോദിപ്പിക്കുന്നത് എന്താണ് ഭഗവാൻ പറയുന്നത് തന്നെ കുരൂന്ന എല്ലാ ചലനങ്ങൾക്കും നിദാനമായിട്ടുള്ള ഇതാ ഇതിനെ നീ കണ്ടാലും എല്ലാ ചെയ്തികൾക്കും എല്ലാ ചെയ്തികൾക്കും പിറകിലുള്ള ഇതിനെ നീ കണ്ടാലു ഇതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഇനിയിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അർജുനൻ ചോദിച്ചത് ഭഗവാനോടാണ് വേറെ ആരോടുമല്ല ആ സമയത്ത് ഭഗവാൻ ഇതാ കണ്ടോളൂ എന്ന് പറയുമ്പം അത് ഒരു മോശപ്പെട്ട ഒരു കാണിച്ചു കൊടുക്കലായിരിക്കില്ല അതും മനസ്സിലാക്കണം നമ്മൾ ആരാണ് കാണിച്ചുകൊടുത്തത് ഇതാ കണ്ടോളൂ എന്ന് പറയുമ്പോ ഏതൊന്നാണോ അർജുനൻ കാണേണ്ടത് അവിടേക്ക് തന്നെയാ കൈ ചൂണ്ടിക്കൊടുത്തത് ബാഹ്യമായിട്ടുള്ള കൈ ചൂണ്ടല്ല ഈ കാഴ്ചയാണ് ഈ അധ്യായത്തിലെ വിഷയം ഈ കാഴ്ച പലപ്പോഴും ഗീതയില് ഈ കാഴ്ചയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാറില്ല അർജുനൻ നോക്കി നോക്കിയ സമയത്ത് അർജുനൻ കുറച്ച് ആളുകളെയൊക്കെ കണ്ടു ആരെയൊക്കെയാണ് അർജുനൻ കാണുന്നത് വളരെ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടുന്ന ആളുകളെയാണ് ഒന്നുകിൽ അർജുനൻ എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ട് നോക്കാം നമുക്ക് ആർക്കാണ് കുഴപ്പം അടുത്ത ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ശ്ലോകങ്ങൾ മൂന്ന് ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് അന്വയിപ്പിക്കേണ്ടത് പിതാമഹ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖി തധുരാൻ സുഹൃദരുഭയോരപീക്ഷ കൗന്യ സർവാൻ ബന്ധൂനവസ്ഥ ബ്രവീ അർജുന ഉച്ച ദൃഷ്ടേമം സ്വനം കൃഷ്ണ യുയുത്സു സമുസ്ഥശ്യ സ്ഥിതാൻ പാർ പിതൃൻ അതബിതാമഹ ആചാരൻ മാതുരാൻ ഭതൃൻ പുത്രാൻ പൗത്രാൻ സഗീൻ താ ശശുരാൻ സുഹൃദ ചേനയോ ഉഭയോ അപ്പൊ താൻ അപേക്ഷ്യ കൗന്യ സർവാൻ ബന്ധൂൻ അവസ്ഥിതാവിഷ്ട്രീത് ഉഭയോ സേനയോ അപ്പ ഇരു സേനകളിലെ ഇരു സേനകളിലും അതിന്റെ അതില് ആരെയൊക്കെയാണ് സ്ഥിതാൻ ിൽക്കുന്ന ആളുകളെ അർജുനൻ കണ്ടു ഇവിടെ പറയുന്നു പിതൃകൻ പിതൃ എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ എന്ന ബഹുവചന പിതൃകൻ പിതാക്കന്മാർ ഒന്ന് പിന്നെ പിതാമഹ മുത്തച്ഛന്മാരും രണ്ട് മൂന്ന് ആചാര്യൻ ഗുരുനാഥന്മാരും പിന്നെ മാതുലാൻ അമ്മാമന്മാരും പിന്നെ ഭ്രാതൃ സഹോദരന്മാര് പിന്നെയോ പുത്രാൻ പുത്രന്മാര് പൗത്രാൻ പുത്രന്റെ പുത്രന്മാര് പിന്നെ സകീൻ സുഹൃത്തുക്കൾ അതുപോലെ തഥാ ശുശുരാൻ ഭാര്യയുടെ അച്ഛന്മാർ സുഹൃത സുഹൃത്തുക്കൾ എങ്ങനെ നോക്കിയാലും എല്ലാവരും തന്നെ അവരെയൊക്കെ പാർത്ത അപശ്യത് അർജുനൻ കണ്ടു ആരെയാണ് അർജുനൻ കാണുന്നത് ഇപ്പൊ നമുക്ക് ചോദിക്കാം പിതാക്കന്മാരെ അർജുനൻ കണ്ടു എന്ന് പറഞ്ഞാൽ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനന് പിതാവിന് സമമായി അല്ലെങ്കിൽ പിതാക്കന്മാരെ അർജുനന്റെ പിതാവായിട്ട് ഇന്ദ്രനാണ് അർജുനന്റെ പിതാവ് ഇന്ദ്രൻ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തിന് വന്നിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം പിന്നെ ഇന്ദ്ര സമന്മാരായിട്ട് ആരാ പറയാനുള്ളത് ഇനി ധൃതരാഷ്ട്രൻ വന്നിരുന്നോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്നാ വലിയച്ഛനോ ചെറിയച്ചന്മാരോ എന്നൊക്കെ പറയുന്ന പാണ്ഡു വന്നിരുന്നോ അതും ഇല്ല പിന്നെ ആരാണ് ഈ അച്ഛന്മാർ ആരാണ് ഈ അച്ഛന്മാർ ശരി പിന്നെ പിതാമഹാൻ ബഹുവചനം മുത്തശ്ശന്മാർ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ അവിടെ ഭീഷ്മര ഭീഷ്മരെ പോലെ ഭീഷ്മർക്ക് സദൃശനായി വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ല ആരുമില്ല എന്നാ പിന്നെ പിതാമഹ എന്ന് പറഞ്ഞാൽ പിതാമഹൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വ്യാസർക്ക് സംസ്കൃതത്തിൽ പിഴവ് പറ്റി എന്ന് സമാധാനിക്കാം അതിന് സാധ്യത കുറവാ അല്ലേ പിന്നെയോ ആചാര്യാൻ ആചാര്യന്മാര് ശരി പലരുണ്ട് അവരെയൊക്കെ നമുക്ക് വിട്ടേക്കാം മാധുരാൻ അമ്മാവന്മാര് ശകുനിയങ്ങൾ മുതലായിട്ടുള്ള കുറേ ആളുകളുണ്ട് പിന്നെയോ ഭ്രാതൃ സഹോദരന്മാര് അത് തന്നെ പുത്ര പുത്രന്മാരെ പൗത്രാൻ അതില്ലാത്തതാ പുത്രന്റെ പുത്രന്മാർ അഭിമന്യുവിന് സമമായിട്ടുള്ളവർ ജനിച്ചിട്ടില്ല അഭിമന്യുവല്ല അഭിമന്യുവിന്റെ പുത്രൻ ജനിച്ചിട്ടില്ല പുത്രയുടെ ഒക്കെ ഈ കുട്ടികളെയൊക്കെ കാണണമെങ്കിൽ അപ്പൊ അർജുനൻ കണ്ടു എന്ന് പറയുന്നത് എന്താ എന്താണ് അർജുനന്റെ കാഴ്ച അർജുനൊരു അഞ്ച് തലമുറയെ കാണുന്നുണ്ട് മുകളിലേക്കും വരാൻ പോകുന്നതിൻ്റെ അതായത് പൂർവികന്മാരെ അർജുനൻ കാണുന്നു ഇന്നലകളിലേക്ക് അർജുനന്റെ നോട്ടം പോകുന്നു അതുപോലെ നാളയിലേക്കും അർജുനൻ ഒരു വംശത്തെ കാണുന്നു അർജുനൻ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഇടയിലുള്ളതെല്ലാം ഗുരുക്കന്മാരെയും അവരെയൊക്കെ കാണുന്നു അതൊരു വലിയ കാഴ്ചയാണ് എല്ലാം കാണുക ഇനിയൊരു യുദ്ധം ബാഹ്യമായിട്ടുള്ളൊരു യുദ്ധമാണെങ്കിൽ ഒരു യോദ്ധാവും ഇങ്ങനെ കാണുന്ന ഒരാറ്റം പോവും വിടാൻ പോകുന്ന ഒരാള് ശരിക്കും കാണേണ്ടതായി കാഴ്ച അപ്പം വരാൻ പോകുന്ന തലമുറയെ പറയ പുത്രന്റെ പുത്രന്മാരെയൊക്കെ കുറച്ചൊരു സംസ്കാരം ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കും വരും തലമുറയെ കാണാൻ സാധിക്കും അതിലെല്ലാം പെടും ജീവജാലങ്ങളെല്ലാം പെടും വൃക്ഷങ്ങൾ പെടും വൃക്ഷലതാദികളും അതിൽ ജീവിക്കുന്ന ജലജീവികളാവട്ടെ എല്ലാം അതിൽ പെടും യുദ്ധത്തെക്കുറിച്ച് ഒരുവൻ ആലോചിക്കുന്ന സമയത്ത് ഇതൊക്കെ ഈ കാഴ്ചകളൊക്കെ ഉണ്ടാവും പക്ഷേ അർജുനന്റെ കാഴ്ച അർജുനന്റെ കണ്ണ് ഉള്ളിലേക്കാ പോയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാറ്റിനും നിദാനമായിട്ടുള്ള ആ സത്യത്തെ കാരണം പറഞ്ഞത് ഭഗവാനാണ് നോക്കിക്കോളാൻ പറഞ്ഞത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പൊ ഭഗവാൻ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ചിന്മയാനന്ദ സ്വാമികൾ പറയാറുണ്ട് ചിന്മയൻ സ്വാമികൾ തപോവന സ്വാമികളുടെ കൂടെ നടക്കുമ്പോ ഹിമാലയത്തിൽ നടക്കുന്ന സമയത്ത് ചില സമയത്ത് തപോവന സ്വാമികൾ കാണിച്ചു കൊടുക്കുക ചിന്മയാ നോക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ സ്വാമിജി ഇങ്ങനെ നോക്കുന്ന കാണുന്നില്ലല്ലോ തപോവന സ്വാമികളുടെ തപോന സ്വാമികൾ അത് അങ്ങനെ ആ അതായത് ഐസ് ഐസായിട്ട് കിടക്കുന്ന പർവ്വതങ്ങളുടെ മുകളിൽ സൂര്യകിരണങ്ങളൊക്കെ വന്ന് വിഴുന്ന സമയത്ത് അതിനൊരു പല പല ഭാവങ്ങളുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തപോവൻ സ്വാമികൾ അങ്ങനെ ഒരു എന്താ കറണ്ട് പോയ മോട്ടോർ പോലെ അങ്ങനെ നിൽക്കുന്ന സ്റ്റില്ലായിട്ട് അപ്പൊ ആ താൻ കാഴ്ച കാണുമ്പം ഒരു ഹിമവത് വിഭൂതി എന്നാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് തപോവൻ സ്വാമികളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ തോന്നും അതൊരു ഹിമാലയമാണെന്ന് അപ്പൊ സ്വാമിജി പിന്നീട് എഴുതിയിരിക്കുക ചെമ്മയാൻ സ്വാമിയോട് എന്റെ ഗുരുദേവൻ എന്നോട് അങ്ങനെ നോക്കാൻ പറഞ്ഞ സമയത്ത് അന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു എന്ന് പറയാം അന്ന് ഞാനിങ്ങനെ നോക്കും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്തായിരുന്നു എന്നോട് നോക്കാൻ പറഞ്ഞത് എന്ന് നോക്ക് എന്ന് പറയുമ്പം പലരും നോക്ക് എന്ന് പറയുമേ അപ്പൊ ഭഗവാൻ നോക്കിക്കോളാൻ പറയുകയാണ് നീ ഇതാ അവരെയൊക്കെ കണ്ടോളൂ എന്ന് പറയേണ്ട ഭഗവാൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പക്ഷേ അർജുനന്റെ ചോദ്യം ഭഗവാൻ ഇതാ നോക്കാൻ പറഞ്ഞു ഭഗവാൻ ഒന്ന് കാണിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്ന എല്ലാ കർമ്മങ്ങൾക്കും എല്ലാ ചലനങ്ങൾക്കും നിധാനമായിട്ടുള്ള ആ കരണേ ഗുരൂൻ എല്ലാ ചെയ്തികൾക്കും നിധാനമായിട്ടുള്ള ആ സത്യത്തെ തന്നെയാണ് അർജുനൻ ഒരു മിന്നലു പോലെ കാണുന്നത് ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വീകാര്യമാവണം എന്നില്ല കാരണം ഗീതാവ്യാഖ്യാനങ്ങൾ നിങ്ങൾ ഏറെ വായിച്ചിട്ടുള്ള നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോ സ്വാമി പറയുന്ന ഈ ആശയത്തില് നമുക്ക് വിയോജിപ്പ് കണ്ടേക്കാം നമുക്കിങ്ങനെ ചിന്തിക്കാം കാരണം ഭഗവാനാണ് അർജുനനോട് കണ്ടുകൊള്ളാൻ പറഞ്ഞത് ആ നിലയ്ക്ക് ഭഗവാൻ വെറുതെ ഇപ്പൊ ഒരു സിനിമാ പോസ്റ്റർ കാണിക്കുന്ന പോലെ അല്ലല്ലോ പറയാം എതാ എടാ അത് നോക്കടാ അല്ലെങ്കിൽ നമ്മള് പറയില്ലേ ദാ മോനെ അത് നോക്കൂ ദേ അതാ അങ്ങോട്ട് നോക്കൂ അങ്ങനെ ഒരു നോട്ട് കാണിച്ചു കൊടുക്കലല്ല എന്ന് പറയാം ചോദ്യമേ ഇങ്ങനെയാണ് ഒന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഭഗവാനോട് അർജുനൻ ചോദിച്ചത് ആ ചോദ്യത്തിന് ഭഗവാൻ ഇങ്ങനെ ഉത്തരവും കൊടുത്തു അത് കാണിച്ചു കൊടുക്കുക തന്നെയാണ് അവശ്യത് അർജുനൻ കണ്ടു അർജു അർജുനൻ ഒരു കണ്ടു കണ്ടതോടുകൂടിയിട്ടോ അവസ്ഥിതാൻ താൻ സർവാൻ ബന്ധൂൻ അവേക്ഷ ഗംഭീരാണ് ഈ ഒരു കാഴ്ചയില് എന്താണ് അർജുനൻ കാണുന്നത് ഇതൊക്കെ ഉപനിഷത് സമ്മതമായിട്ടാണ് സ്വാമി പറയുന്നത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നോക്കാം വ്യാസര് പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങൾ നോക്കിക്കോളൂ താൻ സർവാൻ ബന്ധുവൻ അവരെല്ലാവരും ബന്ധുക്കളാണ് ഏതൊരു ദർശനമാണോ എല്ലാം ബന്ധുവാണ് എന്ന് കാണിക്കുന്നത് അത് ഈ ഏകത്വം ആയിട്ടുള്ള ഒരൊറ്റ ദർശനമേ ഉള്ളൂ വേറെ ദർശനങ്ങൾക്കൊന്നും താനാണ് എന്ന തോന്നലുണ്ടാവില്ല ഉണ്ടാക്കാൻ സാധ്യമല്ല സർവാൻ ബന്ധൂൻ താനുമായി ബന്ധപ്പെട്ടതാണ് ഏതെങ്കിലും പ്രകാരത്തിൽ യൻ സർവാണി ഭൂതാണി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചത്മാനം തതോ ന തത്ര കോഹ ക ശോക എന്നൊക്കെ ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട് സർവാണി ഭൂതാനി ആത്മനിയേവ അനുപശ്യതി എല്ലാറ്റിനെയും താൻ തന്നെയായിട്ട് കാണുക അതുകൊണ്ടിവിടെ പറഞ്ഞിരിക്കുന്നു സർവാൻ ബന്ധൂൻ എല്ലാവരും തനിക്ക് ബന്ധുക്കളാണ് അപ്പൊ ശത്രുക്കളായിട്ട് ആരെയും അർജുനൻ കാണുന്നില്ല യുദ്ധഭൂമിയിൽ യോദ്ധാവ് ബന്ധുക്കളെ കാണാൻ പാടില്ല അത് അച്ഛനപ്പുറത്തുണ്ടെങ്കിലും ആ നിയമം അങ്ങനെയാണത് യുദ്ധം കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ വേറെ എങ്ങനെ ഒരു ക്ഷത്രിയന് ബന്ധുക്കളോട് അടരാടാൻ സാധിക്കും യുദ്ധം ചെയ്യാൻ സാധിക്കും അർജുനൻ കാണുന്നത് എന്താണ് സർവാൻ ബന്ധുവും ആ വാക്ക് തന്നെ നോക്കൂ എങ്ങനെ ഏതെങ്കിലും പ്രകാരത്തിൽ അല്ലെങ്കിൽ ബന്ധമായിട്ട് തന്നെ തന്നെയാണ് അർജുനൻ കാണുന്നത് സകൗന്ദേയ ആ കൗന്ദേ കുന്തിയുടെ പുത്രൻ പറയാ കൃപയാ ആവിഷ്ട ആ കാഴ്ചയുടെ ഫലമായി അധികരിച്ച കൃപയാൽ ഈ കാഴ്ചയിൽ ഈ കാഴ്ചയിലാണ് ആ കൃപ ഉണ്ടാവുന്നതെന്ന് പറയാം കൃപയാ ആവിഷ്ട ആവേശിക്കപ്പെട്ടവനായിട്ട് വിഷീതൻ വ്യസനിച്ചുകൊണ്ട് ഇതം അബ്രവേ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു കാഴ്ചയുടെ ഫലമായിട്ട് അർജുനില് വിഷാ ഈ വിഷാദത്തെയാണ് ഇവിടെ യോഗമായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കരുത് അർജുനന് ദുഃഖമാണ് എന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാതെ പോകുമ്പുള്ള വിഷാദമുണ്ടല്ലോ അതല്ല ഇവിടെ ഈ വിഷാദത്തിൽ നിന്ന് അർജുനൻ പറഞ്ഞു ഭഗവാനോട് എന്താ പറഞ്ഞത് അർജുന ഉവാച അർജുനൻ ഭഗവാനോട് പറഞ്ഞു എന്താണ് അർജുന ഉവാച ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീതന്തി മമഗാത്രാണി ഭഗവാനോട് പറയുന്നു ഹേ കൃഷ്ണ അല്ലയോ ഭഗവാനെ യുയുത്സും സമുപസ്ഥിതം ഇമം സ്വജനം ദൃഷ്ടുവ ഇതാ യുദ്ധത്തിനായി വന്നു നിൽക്കുന്ന ഈ സ്വന്തം ആളുകളെ കണ്ടിട്ട് ഇതിനോടൊക്കെ യുദ്ധം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാം യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യാം നശിപ്പിക്കേണ്ടതുണ്ട് അധികരിക്കല് അതിവർത്തിക്കൽ നശിപ്പിക്കലാണ് മുകളിലേക്കുള്ള പ്രയാണം അതിനെ ഇല്ലായ്മ ചെയ്യല എന്നിട്ടോ മമ ഗാത്രാണി സീതന്തി എന്റെ ഗാത്രാണി അവയവങ്ങൾ സീതന്തി തളരുന്നു മുഖം പരിശുഷ്യതി വായ വരളുന്നു േ ശരീരെ രോമഹർഷാ ചേപതുഹോച്ച ജായതേ എന്റെ ശരീരത്തിൽ രോമാഞ്ചം രോമഹർഷം ഉണ്ടാവുന്നു അതേ സമയത്ത് വിറയലുണ്ടാവുന്നു പിന്നെ വിയർപ്പുണ്ടാവുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു ഇതെന്താ സ്വാമി ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനും ശാസ്ത്ര സമ്മതി ഉണ്ട് എന്താ ശാസ്ത്ര സമ്മതി എന്ന് പറഞ്ഞാൽ സമാധി അനുഭവത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് രാമകൃഷ്ണദേവന്റെ വചനാമൃതമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ രാമകൃഷ്ണദേവൻ ആ സമാധി അനുഭവത്തിലേക്ക് രാമകൃഷ്ണദേവൻ പലപ്പോഴും വിഴുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് രാമകൃഷ്ണദേവന് ചെറിയ ചെറിയ കാഴ്ചകൾ ധാരാളമാണ് ചെറിയ കാഴ്ച അതുപോലെ രമണ മഹർഷി ഇവർക്കൊക്കെ ഇവരൊക്കെ എപ്പോഴും ആ ഒരു വളരെ അപൂർവമായിട്ടാണ് ശരീരത്തിന്റെ നിലവാരത്തിലേക്ക് വരാറ് അല്ലാത്ത സമയത്തൊക്കെ അവരൊരു പ്രത്യേക ഭാവത്തിലാണ് അപ്പൊ രാമകൃഷ്ണദേവന് എപ്പോഴും ആള് കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ എന്താണെന്നറിയാം എപ്പോഴാ വീഴുന്നതെന്ന് അറിയില്ല ഈ കുട്ടികളെ പോലെയാണ് കള്ളുടിയന്മാരെ പോലെ അങ്ങോട്ട് വീഴുന്ന എന്തെങ്കിലും ചെറുത് കണ്ടാൽ മതി ഒരു ഇവരുടെ കൂടെ ഈ എന്താ നരേന്ദ്രനും ഹസ്ര ലാട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവും അവരുടെ കൂടെ സർക്കസ് കാണാൻ പോകുന്നുണ്ട് ഇവരെന്തിനു വിളിച്ചാലും പോവും രാമകൃഷ്ണദേവൻ അത്രയും സ്നേഹം അവരോട് സർക്കസ് ഉണ്ട് ഗുരുദേവ നമുക്കത് കാണാൻ പോവാ എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാ ഞാനും വരാ വന്നോളാൻ പറഞ്ഞു എന്നാൽ നിന്ന് അവനെ അവനെയൊക്കെ വിളിക്കും അവനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടെ കാണാൻ പോകുമ്പോൾ ഒരു കുതിരപ്പുറത്ത് ഒരാൾ കയറുന്നത് കണ്ടപ്പോ രാമകൃഷ്ണദേവൻ അവിടെ വീടും ആ കുതിരയുടെ മുകളിലേക്ക് കയറുന്ന ആ കാഴ്ച ആ മഹാത്മാവിനെ സംബന്ധിച്ച് ധാരാളം ഒരു ചെറിയ നദി ഒരു പ്രയാഗ് കണ്ടാൽ മതി ഒരു നദി പോയിട്ട് വേറെ ഒന്നിൽ പോയി ചേരുന്നത് കണ്ടാൽ മതി അങ്ങനെ വചനാമൃതത്തിൽ പറയുന്നു അവിടേക്ക് ക്ഷേത്രത്തിലേക്ക് കൂവളം ഒടിക്കുകയായിരുന്നു കൂവളം ഒടിക്കുന്ന സമയത്ത് കൂവളത്തിന്റെ കമ്പ് ഒരു കൊമ്പ് ഒടിഞ്ഞ സമയത്ത് തന്റെ കൈ ഒടിഞ്ഞ വിഴിയാണ് പിന്നെ ഈ പണിക്ക് നിന്നിട്ടില്ല എന്ന അപ്പൊ അത്രയും താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള ഒരു ആ താതാത്മ്യം വന്നു കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്കങ്ങനെ അങ്ങനെ അങ്ങനെ എടുക്കാം തെറ്റൊന്നുമില്ല ഇതൊരു രോഗത്തിന്റെ ലക്ഷം ഇത് രണ്ടും ഇത് രോഗത്തിന്റെ ലക്ഷണമായിട്ട് എടുക്കണ്ട കാരണം ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭഗവാൻ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തപ്പം അർജുനന് ഇത് ഉണ്ടായി എങ്കിൽ അത് അനുകൂലമായിട്ടുള്ള ഒന്നാണ് ശരീരത്തിന് ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവും അല്ലാതെ നിങ്ങള് ഇപ്പോ സമാധിയിലേക്ക് പോകുന്ന ഒരാൾക്ക് ഇങ്ങനെ ഇവിടെ മുഴുവൻ ഒരു പ്രത്യേക തരത്തിലിങ്ങനെ പ്രകാശം ഇങ്ങനെ വന്ന് വന്ന് വന്നിട്ട് ഏഹ് അത് ചിലപ്പോ അത് ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവാം അങ്ങനെ നമ്മൾ വിചാരിച്ചിരിക്കുക ഈ സമാധി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ഒരുപാട് ഈ താടിയൊക്കെ അങ്ങനെ വന്നു വന്നു അങ്ങനെ ശരി ഈ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലുകളൊക്കെ നമുക്ക് എണ്ണിയെടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ വൃക്ഷങ്ങളുടെ വേരുകളൊക്കെ നമ്മുടെ അടി കൂടെയൊക്കെ അതിലും ഇതിലെയൊക്കെ വന്നു അങ്ങനെ കിട്ടുന്നതാണോ എന്നൊക്കെ ചില സമയത്ത് നമുക്ക് തന്നെ എന്താ ഈ ചില കാഴ്ചകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ തന്നെ ബാലൻസ് തെറ്റിപ്പോവും നിങ്ങൾക്കത് അനുഭവപ്പെടാറുണ്ടോ എന്ന് അറിയില്ല അപ്പൊ നിങ്ങളെയൊക്കെ പല കൈലാസത്തിലൊക്കെ കൊണ്ടുപോണ്ടി വരും മാന്സരസ്വത കണ്ടിഞ്ഞാൽ പെട്ടെന്ന് കാലൊന്നും ഉറക്കില്ല പിന്നെ കാലൊക്കെ ആടി പോവും എന്ന് പറഞ്ഞാൽ അതിന്റെ കാഴ്ച അങ്ങനെയാ നമ്മള് അങ്ങോട്ട് എന്തോ ആയിപ്പോകും അങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ ഇവിടെ അർജുനന്റെ ശരീരത്തില് രോമഹർഷം ഉണ്ടാവുന്നു എന്താ വരളുന്നു വായ വരളുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ അർജുനൻ അർജുനൻ അല്ല എന്നും പറഞ്ഞുകൊണ്ട് അപര അപരനാമത്തിൽ ഇവന്മാരെയൊക്കെ ശരിക്കു കൈകാര്യം ചെയ്ത ഒരാളാണ് അതുകൊണ്ട് അർജുനന്റെ വ്യാസഭഗവാൻ പറയുന്ന രണ്ട് യുദ്ധം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് അജ്ഞാതവാസത്തിൽ നടത്തിയതും ഒന്ന് ജ്ഞാതവാസത്തിൽ അതായത് ഒന്ന് അജ്ഞാതമായിക്കൊണ്ട് ചെയ്തത് ഒന്ന് ഇതാ അവസരം വന്നിരിക്കണു അജ്ഞാതമായിട്ടുള്ള യുദ്ധം അർജുനൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തു അർജുനന് ഒരു സംശയം ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പൊ അർജുനൻ എല്ലാ സർവ്വസന്നാഹങ്ങളോടും കൂടി ഇരിക്കുന്ന അർജുനന് ഇപ്പൊ ഇവരെ കണ്ടപ്പം ഇങ്ങനെയൊക്കെ തോന്നണം എങ്കില് എന്താ ഇപ്പൊ കുഴപ്പം അപ്പൊ ഇതിന് മുൻപ് ഇവരൊന്നും ആയിരുന്നില്ലേ ഇവരൊക്കെ തന്നെയായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ആളുകളെല്ലാം ഉണ്ടായിരുന്നു ഇവരെയൊന്നും അർജുനെതിരിടാൻ ഒരു വിഷമം ഉണ്ടായിട്ടില്ല അർജുനന്റെ മുഴുവൻ സന്നാ ഭഗവാന്റെ സന്നാഹം പോലും ഇല്ലായിരുന്നു കൂട്ടത്തില് അപ്പൊ ആലോചിക്കാം ഭഗവാൻ എന്തായിരിക്കാം അർജുനന് കാണിച്ചു കൊടുത്തത് അർജുനെന്താണ് കണ്ടത്